ഹിതനും അതുകൊണ്ട് അവിടെ ഒത്തു പറഞ്ഞിട്ടുണ്ട് അന്ന ഇരാതെല്ലാം അസുരല്ല ഊഹാന സ്ത്രീ പകരി പറ ശരീരത്തിന്റെ പകല് ചികിത്സിക്കുന്നത് ഡോക്ടർമാരുടെ ചികിത്സ ബോധി ചികിത്സിക്കരു വിവര പരിപാടി അപ്പൊ അത്ര ചികിത്സിക്കല് ബദലിനെ ചികിത്സിക്കുന്നതിനേക്കാൾ എളുപ്പമാണെന്ന് അവർ പറയും അതിന്റെ ധാരാളം മെഡിക്കൽ കോളേജുകളും പതിനും പലതും ഉണ്ടായിട്ടും ചികിത്സ അവർ വല്ലാണ്ട് നടക്കുന്നത് ഈ ചികിത്സപ്പെട്ടൊന്നും കൂടി ഇല്ല അത്ര ചികിത്സിക്കാൻ മതി എളുപ്പാണ് ബദൽ ചികിത്സിക്കുന്നതിനാന്ന പറയും അത്ര സങ്കടതയില്ല അക്കുറപ്പു കോവിനെ ചികിത്സിക്കല് എന്നാ അക്റുറബാണ് വൻ എന്തിനേക്ക് ഡി ബിരിയുള്ളത് അവിടെ നമ്മൾ വളരെ ഗട്ടേക്കു നിങ്ങൾ നടത്തിയിട്ട് മുസല രീതികളും ആയിട്ട് ആര് പിടിച്ചിട്ട് നോക്കുമ്പോ അക്രമിയിൽ പൂർത്തിയിൽ പോകണമെന്ന് നമുക്ക് മനസ്സിലാവും വളരെ ഉദ്ദേഹശമനത്തിന് അക്രോബാണ് വൻ നെയ്ലി നെയ്ലിന് ശിപ്പ കിട്ടല് കേൾക്കുമ്പോൾ അക്രോബാണ് മഹൻ രണ്ടും കൂടി രണ്ടുമ്പോഴെന്തോ ലോകം മാറിയുമ്പോഴും ശിപ്പ കിട്ടിയും പോണം അപ്പൊ ലോകം മാറലെന്തായി തഹരി എത്തായി ശമനം ശിപ്പ കരസ്ഥമാകലോ തഹരി അപ്പൊ Malhante, weekada, um 56, ം മാറലും ശിത കിട്ടലും രണ്ടും വളരെ എളുപ്പമാണ് ജോലി ആചാര അത് ബോഹിന്നായിരുന്നുവെങ്കിൽ കാണാവൂല അതൊക്കെ ബലവാണ് വേണം നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ അതുകൊണ്ട് ഇത് നാം വിശദീകരിക്കാൻ പോകുന്ന വിശാർക്കാക്കുന്നത് ഇത് ശരീരം ചികിത്സിക്കില്ല പക്ഷേ ഉദാഹരണം കേട്ട ആസ്പത്രിയാക്കിയിട്ടും പച്ചമറഞ്ഞും ചൂർണവും ഗുളികയും മരുന്നും തൈരൊക്കെ പറയുന്നുണ്ട് ഭസ്തി പിടിക്കലും മതലിച്ചു അതുകൊണ്ട് അതിന്റെ അർത്ഥം ആരോടെമർപ്പിച്ചതല്ല മാ ഒരു കാര്യം ഇലൈഹി കൃഷിയും അമത നമ്മിത് വിശാറത്താക്കുന്നത് ഇലാജിന്റെ ഈ നസ്സിന്റെ ഇലാജാണ് സജീവമാകുന്നു എന്നതെല്ലാം ശരീരത്തിന്റെ ചികിത്സ എല്ലാം ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു ഇരിക്കാൻ കുറിച്ചു കൊൽത്തു അവിടെ ഇലാജൻ കസ് പറഞ്ഞില്ലേ ഇലാജെന്ന് പറഞ്ഞാൽ മുഹാബലുദ്ധി ഒരു ഭാഗത്ത് രോഗം ഈ ഭാഗത്ത് മരുന്ന് ഈ മരുന്ന് രോഗം നമ്മൾ എന്താക്കണം ഏറ്റുമുട്ടിച്ചിട്ട് ഈ മരുന്ന് മുഖേന രോഗത്തിനെന്ന് പറയണം കോപ്പ് മുഖേന കച്ചട കഴിഞ്ഞില്ലേപ്പച്ച ഒന്നത്തെ കുഴപ്പം മുഖേനല്ലേ ഇതേമാതിരി അതെന്തിനീ തന്നെ ഇല്ലെന്നും ഇല്ല തൊന്ന് പോയിക്കിട്ടണം അപ്പോൾ വരാത്തിൽ വാരിങ്കിലും ഈ ചികിത്സ വിജയിക്കൂല ഇല്ലാതെ ഇല്ലാത്തി ആദ്യം രോഗം അത് പഠിക്കണം അതിനാണ് വാതിബം എന്ന് പറയുന്നത് വാതിബൊന്നും ഇല്ലാതെ കണ്ട് കേട്ടോ നോക്കിയിട്ട് കലിസമായി കുടിച്ചാലും ജലപ്പന്നുള്ള സമയം കിട്ടുന്നുണ്ടല്ലോ അതിന് ജീവിതം പറയില്ല എല്ലാം പേയ പൗഡർ സേലിൽ പോയിട്ട് രണ്ട് ബ്രണോളൊക്കെ ഇട്ടിപ്പോ അല്ലാതെ തലവേദന രണ്ട് പ്രണോളൊക്കെ ഇട്ടു പോകാൻ തോന്നുന്നതിരിക്കും വേദന മറിയുന്നവരും വാരിവിലും വിജയിക്കില്ല അങ്ങനെ വിചാരിച്ചിട്ട് ആശുപത്രി തുടങ്ങി കഴിഞ്ഞാൽ പരാജയ ഏറ്റവും വലിയ ബന്ധം മാത്രം വലിയ അഗ്രഹം നൽകിയപ്പോ ആദ്യം കണ്ടെത്തണം എന്നാലേ വിജയിക്കുള്ളൂ ഇതേമാതിരി ആത്മാവിൻ പറഞ്ഞ ലോകം എന്താണ് ഈ സബന്ധം എന്താണ് ഈ പരിഹാരമാർഗം എന്താണ് കണ്ടെത്തിയിട്ടോടെ ജീവിക്കാൻ അപ്പൊ വൻപുറാഗു ബിന്ദൻ അന്ന ഇരാജൻ അസുനിയെന്ന് പറഞ്ഞ അസിന്റെ അർത്ഥം എന്നാണ് നെയ്ൽ എന്ന് പറഞ്ഞാൽ എന്താ നെയ്ൽ നെയ്ൽ അപ്പൊ മുവാണീ അടിക്കാം കരസ്ഥമാക്കലും ഇപ്പോഴും അജ്മോസു അത് അജ്മോ എന്ന് പറഞ്ഞിറങ്ങിയത് അന്ന ഇലാതെ ശിഫാ ഇഹ വിഹിനെ ചികിത്സിക്കലും അതിന്റെ രോഗത്തിൽ നിന്ന് അതിന് ശിപാനെ കരസ്ഥമാക്കലും അ തുറബു അത് വളരെ എടുത്തോ ശരീരത്തിന്റെ ചികിത്സ എടുക്കുന്ന ജനങ്ങൾ വളരെ പോവാൻ പറഞ്ഞു എപ്പോൾ ഇതാ തവർക്ക് പകലി എന്തായി രോഗം പൂണ്ടുപിടിച്ചു പോഞ്ഞാൽ ചിന്തകണം തീർത്തു ഇത് സുഗ്രത പറഞ്ഞല്ലേ സാരികാലിപ്പോ ഞാൻ വരട്ടെ മോഹം കാര്യം പറഞ്ഞാൽ വളരെ ശരിയാണ് എല്ലാവർക്കും സംശയിക്കണ്ട എന്തോ തുടക്കത്തിൽ കടീരം വിരൽ മറന്ന രോഗികളിൽപ്പെട്ട ഒരുപാടാളെ ഞാൻ കണ്ടിട്ടുണ്ട് ഏത് മറന്നാ അതി മറന്നൽ പശില്ല ശാരീരികമായ രോഗം ബാധിച്ചാണ് ഇത് അമ്പാരൻ അടീതത്തിൽ കണക്കിലില്ലാത്ത പെസിക്കല് ബാധിയിട്ടുണ്ട് ഉപയോഗം നീ അതിരത്തം തമീരം ദീർഘകാലം പാത്യാചരവും നടത്തി എന്നിട്ടോ വര ആ തീവത്തിന്റെ രോഗമൊന്നും അറിയിച്ചു കാണില്ല അപ്പൊ ശരീരത്തിന്റെ രോഗം വീട് നിന്ന് നിന്നു അതേ അവസരത്തിൽ അപ്പൊ ഇതെന്താക്കി ലോഹിന്റെ ചികിത്സ എളുപ്പമാണെന്നും മറ്റേ ചികിത്സ വെട്ടുമോരമാണെന്നും സ്ഥാപിക്കേണ്ടത് എളുപ്പം എളുപ്പമില്ല എന്ന് തോന്നും എനിക്ക് വട്ടെ വനക്കുന്നതായിട്ട് കബീലം മിൻമൽക്കാനം അയിലി വെച്ചു കൂക്കി കവാത്തിൽ പലതരത്തിലുള്ള കവാത്തത് കൊണ്ട് സംശയങ്ങളെക്കൊണ്ട് ദുരിതം കൊണ്ടും ആശ്രയത്ത് കൊണ്ട് റോഹിന് ലോകം ബാധിച്ച രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഹീന ആൽക്കാവുണ്ടാകും ഇതക്കമീ സബീബിലെ കലാഹ തല എടുത്തു കൊടുക്കപ്പെടുന്ന ഷഫാബ് ഉള്ള യുദ്ധത്തിൽ കുറഞ്ഞ സമീപം ഞാൻ കണ്ടില്ല അറിയില്ല ഞാൻ കണ്ടു മുമ്പെന്നില്ലേ അപ്പൊ ആക്കുന്ന ചെറിയൊരു പതി ആവശ്യം ഉണ്ടായിട്ടുണ്ട് സാധിച്ചു ആത്മീയമായ ചികിത്സ വളരെ എളുപ്പമാണ് ഇസ്പ്രയാക്കും സാധിക്കുമെന്നാണ് ഉപയോഗിയത് കാരണം കണ്ടപ്പോ അതെന്താ വേണ്ടത് ആകെ രോഗത്തിന്റെ മൂലകാരണം പറഞ്ഞാൽ കാലശീത രോഗം വാറ്റൊരു ശാരീരികമായ എല്ലാ രോഗത്തിന്റെയും അതിലെന്താണെന്നറിയോ പിന്നെ പ്രസാദം നിതാദി ശരീരത്തിന്റെ കൂറുണ്ടല്ലാശാസ്ത്ര പ്രധാനം പറഞ്ഞാൽ വാദം വിത്തം കഫം ഇതെല്ലാം പറയുന്നു ആ കൂറിന് ഉണ്ടാകുന്ന പ്രസാദാണ് എല്ലാ രോഗത്തിന്റെയും കാരണം അതിൽ വാദത്തിന് മാത്രം അല്ല വിത്തത്തിന് മാത്രമല്ല കഫത്തിൽ മാത്രം 1 ഒന്നും രണ്ടും കൂടെ കൂടിയിട്ട് രണ്ടും മൂന്നും കൂടെ കൂടിയിട്ട് മൂന്നും രണ്ടും രണ്ടും കൂടെ കൂടീച്ച് അല്ലെങ്കിൽ നാലും കൂടെ മൂന്നും കൂടെ കൂടിയിച്ച് ഏഴുതാവണം പറയുന്നു ഇതല്ലേ അപ്പൊ എത്ര വരെ സ്വന്താ ഇല അഞ്ച് സീന സീനഗും അംസി ആലുഹു ഈ മിസാജിന്റെ പേരും ഇന്ത്യ പേരും തന്നെ അതിശരീരത്തിൽ വരുത്തുന്ന പ്രവർത്തനം ഇന്ത്യ വാറ വസ്തു ഇട്ടപ്പോൾ അതിൽ നിന്നും മാറ്റം വരുന്നുണ്ടല്ല ഇന്നത് വിളിച്ചപ്പോൾ ചർത്തി ഇന്ത്യ ഇപ്പോൾ ചിലവിൽ പുറത്തേക്ക് കൂടുതൽ അതിന്റെ കുറവ് പേരുകൾ വെച്ചാൽ സർട്ടിഫിഫിൽ വെച്ചാൽ ആ തീരം ഇന്ത്യന്തായി ആയി മാറി അതാ മധുരത്തിലൊക്കെ ഈ മനുഷ്യന്റെ പ്രകൃതിക്ക് നിശ്ചയിച്ചപ്പെട്ട ഒരു മധുരാക ആ രൂതി അല്ലാതെ രീതിയിൽ അതിന്റെ ഗതിമാറി സഞ്ചരിക്കുന്ന വൈദ്യുതി പത്താറായിപ്പോയി ഇതാണ് ഇതിന്റെ ശാരീരികമായ രോഗത്തിനൊട്ടാൽ കാരണം എന്നാ പിന്ന ആത്മീയമായ രോഗത്തിന്റെ കാരണമേതാ വാസുരു കുന്തിയായ രോഗത്തിന്റെ അതിലേണ്ട ഭിന്നമാ പ്രസാദ് മനസ്സിലുള്ള കസ്തുണ്ടല്ലോ അതിന്റെ പ്രസാദ അല്ലെങ്കിൽ അതിനെ പിന്നെ എന്ത് പറയും ഒൻവാനുഹു അതിന് ഒരൊറ്റ ബാക്കി അക്കുണ്ടെന്ന ആണ് നക്സി നോ തോന്നി പോയിട്ട് ഓന്റെ നസ്റ്റിലും വാന്റെ പണി തോന്നിക്ക് പോകുന്ന തന്നെ ഞാൻ ജയിലും ശരി എനിക്കു ചേട്ടനുള്ള അറിവ് അത് മതി ഞാൻ ചെയ്തവർത്തോ സ്ഥാനം അത് മതി എല്ലാം തേടി നെറ്റിൻ നിന്ന് പ്രകടമാകുന്നതല്ല ശരിവെച്ചു കൊടുക്കുക അതല്ല അതിനപ്പുറവും ഇല്ല അക്കൊക്കെ എന്തെങ്കിലും കുറച്ചിന്റെ പുതിയതുകൊണ്ട് എനിക്ക് അറിവ് പോരാന്ന് വന്നെങ്കിലല്ലേ അധ്യാപകം വന്നെങ്കിലല്ലേ പുതിയ അറിവ് സംസാരിക്കുന്നു വിവാദത്തിൽ പോരാന്ന് വന്നെങ്കിൽ കോവിഡ് വിഭാഗത്തിൽ ചെയ്യുള്ളൂ ദോഷമുണ്ടെന്നുണ്ടെങ്കിൽ ദോഷം ചെയ്യുള്ളൂ നെറ്റിനോട് പൂർണ്ണമായ സംതൃപ്തി ജില്ല അന്യതാണ് സാധനം അല്ല കൊണ്ട് ഇതൊന്ന് പറഞ്ഞത് അത്തരപ്പുള്ളി ദാ ഇൻ അല്ല അനിഞ്ഞ ഏത് ലോകത്തിൽ അപ്പോ രക്ഷൻ പോലും നസ്റ്റിനത്വത്തിൽ എന്ന് പറഞ്ഞ ജീവിതം പറയുന്നു ഏത് വിജയത്തിൽ എന്തിലാണോ വിവാദത്തിലാണോ പ്രവർത്തനത്തിലാണോ ഏത് രംഗത്താണോ ജില്ലാ നഷ്ടം അവിടെ ദുരീകരിച്ചാൽ തന്നെ ചെയ്യും അറിവില്ലാതെ എഴുതിയപ്പോഴല്ല ഈ ഇല്ല എന്നാണോ അപ്പൊ പച്ചത്തോളം അറിവേക്ക് പോരാ എനിക്ക് വൃത്തിയില്ല ഈ മാറ്റങ്ങൾ വേണം ഈ മാറ്റങ്ങൾ വേണം പച്ചത്തോളം ഒരു മക്കാൻ പോകുന്ന കുറ്റപ്പെടില്ല ആ ഇതയില്ലയെന്നു പറയേണ്ടത് ഇതയില്ലാന്ന് വന്നാലേ പൊതുവെ ജോലി കുടിക്കുള്ളൂ ഇല്ല വന്നു കഴിഞ്ഞാൽ എന്താ പോലെ സന്തുഷ്ടമായില്ലോ സമാധാന ഞാനൊന്നും എട്ട് അധികാരത്തിൽ അത്താഴത്തിന്റെ പേര്യാക ഇല്ല അല്ല വേദിയിൽ മധുര ചെറിയ ചെറിയ നോക്കി താങ്കൾക്ക് ചെയ്ത് നോക്കിയിട്ട് ബാത്തില്ലേക്ക് നോക്കി തരിയത്തും ഏറ്റുള്ളത് ഇത് രണ്ടിന്റെയും ആ നേർ പാതയാണ് ആ പാതയിൽ വെഞ്ചിരിച്ചു കൊണ്ടാ പോകുന്നത് ചിലപ്പോൾ ചെറായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില ഹാറ്റിന് രണ്ടിനു പറഞ്ഞു നെപ്റ്റിന്റെ ഫീലിംഗ് വരും പിന്നെങ്ങനെ പോകുന്നു വരുമ്പോന്റെ ലീഗാ താൽ നെപ്റ്റിൽ നിന്ന് പ്രകടമാകുന്ന എനിക്കെന്തൊക്കെയുണ്ടോ അതല്ല എന്നുള്ള പൂർണ്ണ സന്തോഷനാണ് അതെ ഞാൻ എന്നെക്കൊണ്ട് കുറ്റപ്പെട്ടിട്ടുണ്ട് അതിന്റെ യോഗത്തിൽ പക്ഷെ ആ രണ്ടാം തീയതി അവിടെ പറയും വന്നിട്ടില്ല അവസാനം അറിഞ്ഞില്ലെന്ന് മാത്രം രോഗം അങ്ങനെ ചികിത്സിക്കണമെങ്കിൽ ആദ്യം എന്തുമാണോ എനിക്ക് രോഗം ആദ്യം ബോധ്യം വേണം കാല് നീരുകൾക്ക് ഇങ്ങനെ വണ്ണം വെച്ചിട്ടുണ്ട് കാരണം നല്ല ആരോഗ്യം മതി ഉണ്ട് തടിയിലും നല്ല തടീമെന്ന് ഉണ്ട് ആരോഗ്യം എന്ന് എത്തിക്കാത്ത ചെയ്ത നീരുമാറ്റം പറഞ്ഞ ജീവിതത്തിൽ പോകില്ല ഭേദിക്കുന്നു അതെ നല്ല ആത്യത്വം മനസ്സിലാക്കിയതോ അപ്പൊ രണ്ട് ഇതിന് പരിഹാരം പോകണോന്ന് എത്തിക്കാത്ത പോകണം മൂന്ന് ഡോക്ടർക്ക് പോണം നാല് ഡോക്ടർ നിർദ്ദേശം അഞ്ച് മരട് കുടിക്കലും പശ്ചാത്തലം വേണം ഈ അഞ്ച് കുടുംബ രോഗം മാറുള്ളൂ ആരെന്തായാലും ഞാനെല്ലാം തെരഞ്ഞാളാകും എനിക്കെല്ലാം പറയാം എനിക്കൊരു ശേഷം ചാരിച്ചില്ല ഒരു തൊഴുസും വേണ്ട കെയറും വേണ്ടെന്നു വെച്ചു കൊണ്ടും പറയുന്നത് നിങ്ങൾക്ക് ഒരു പാർട്ടി കൂടെ അയാൾ സ്വന്തം നമ്മൾ വിരാം നഷ്ടമല്ല അയാൾ ആ വിഷയത്തിൽ പറഞ്ഞു അപ്പൊ ചില ഈ വാലിലേക്ക് നോക്കിയിട്ട് ചില ഈ ആ മജിറയിലല്ല ബാസിന്റെ നോക്കിയിട്ട് എന്താ തഹത്തേക്ക് എന്റെ മജിറയിൽ എല്ലാ തന്നെ രക്ഷിക്കാൻ പിന്നെ ഇങ്ങനെ തടി ഹവാന വിൽ കൂടി ഔഹാബൽ ബാസിഡത്തിൽ കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ഈ തടിയാൻ പതിയും ഔഹാമം ഉണർന്ന് വന്നു അല്ലാത്ത ഈ ശനഹ ഉറപ്പൊരു ജപ്പീൻ ജപ്പീൻറെ പോരായ്മയാണെന്ന് ഈ ഔഹാബും ഒരു വേർമ്മ ധീരന്റെ വിഷയത്തിൽ എന്താ സ്ട്രോങ് അല്ല ഈ ഭയങ്കര അനുമതി ഇപ്പം ഇന്നുള്ള നമ്മുടെ അത് നിഞ്ഞാവിൽ വളരെ സ്ട്രോങ് വളരെ അതിന് ഒരു വ്യത്യാസം വന്നിട്ട് ധീരന്റെ വിഷയത്തിൽ അതിൽ ആദവും അത് അന്ത വകുപ്പൂര് നൂറാളെ കൊന്നാക്കി അന്ധവപ്പിന്നെയമ്മ ആ രാജവ് ഇവിടെ എടുക്കും ഈ നമ്മൾ ഉണ്ടാക്കാൻ എല്ലാം ഇല്ലല്ലേ ഇപ്പൊ തഫ്സീൽ കാണിക്കാൻ ഇതിന്റെ വിശദീകരണം ജസുൻ അതുപോലെ നീണ്ടുപോകുന്നതാണ് അനുജാഗ്രഹീതി മൂന്നാമത്തെ ജസ്സും വിചാരമായി കിട്ടുന്നതാകുന്നു മാത്രമല്ല അവരുന്ന് ഇരുശാർന്ന ഇതിൽ നിന്ന് കുറച്ച് കാലമെമ്പിലും അന്നാ ലോട്ടറി കൂടി ബാബുറവി എത്തി എന്നൊരു വാക്ക് വരുന്നുണ്ട് ഒന്നാം എന്ന് ഒരു നാൽപ്പത്തിനാലാമത്തെ പേജിൽ വരുന്നുണ്ട് അത് ഒന്നായിട്ട് പറയൂ പിന്നെ ഒരു പാർന്നിച്ച് ഒരു ഡോക്ടർ ഒരു മേജിനീയറിന്റെ അതിന്റെ വാക്കിനകത്താ വളർത്തൽ വർദ്ധിപ്പിക്കലിന് റബ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ പൈസ കഴിയുമ്പോൾ ഒക്കെ വയസ്സിനെല്ലാം അധികം ഉള്ളത് കൊണ്ട് രീ വർദ്ധിച്ചു റബ അപ്പൊ അതിന്റെ മുഖാ വർദ്ധിപ്പിച്ചു അപ്പൊ ആര് വർദ്ധിപ്പിച്ചു ആർക്ക് വർദ്ധിപ്പിച്ചു എന്തിനെ വർദ്ധിപ്പിച്ചു ഏത് മുഖേന വർദ്ധിപ്പിച്ചു എന്നുള്ള ജോലികളെല്ലാവരും മുതാർജിയ അത് റബ്ബൻ്റെ അത് റബ്ബേന്തോ അത് റബ്ബെന്നത് മുതക്കായ കാലും റബ്ബാബിയാണ് അച്ഛലി ഇത് റബാന്നൊരു മാത്രം അത് ഗരുമ തന്നെ മാറിയിട്ടുണ്ട് സാധനം അർത്ഥം അറിയോ റബ്ബ കൊണ്ടപ്പൊഴിച്ചുണ്ടാക്കോ റബ്ബിലെ കൊണ്ടുപോയി നടപ്പാക്കുന്നു റബ്ബല്ല അതിന് കിട്ടില്ലല്ലോ റബ് ആക്കിനോട്ടല്ലാതാവും രണ്ടും എരുമത്തിന് മാറിയില്ലേ ഇത്ര ബഹുലൂരാകുന്നു റബ്ബൻ ഒന്ന് മതയും മുത്ത് മതന്നോ ഇന്ന് വെക്കുന്നോ ഒന്ന് മതാണോ ചെറുപ്പം സാധനയെ വായിപ്പില്ല ഇപ്പൊ തൊലിച്ച് അടിക്കാൻ പറ്റുന്നുണ്ട് ചെറുതീട്ടെന്ന് പറഞ്ഞാൽ ഇവര് കാണാൻ പോകുമ്പോൾ സേഫ്നെ എങ്ങനെയു ശേഷം ഇയാൾ പോയി നല്ല രണ്ടോ അത് കട്ട് നോക്കുമ്പോൾ അച്ചടിയാണ് അപ്പൊ കറുതി അച്ചിട്ടില്ലെങ്കിൽ അപ്പൊ ഇതേ ചേപ്പലുണ്ടാക്കുന്ന മോള വായിക്കാൻ വേണ്ടി കളിക്കില്ലെന്ന മീറ്റരത്തിൽ തന്നെ വരികയും ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ കൂടെ തെറ്റ് ചെയ്യാൻ പറയാം തെറ്റ് ചെയ്യാൻ അച്ചിനും പോക്കോട്ടെ ആരപ്പൊ ഒരു മൂന്ന് മാസം ഇട്ട് ആരെയും മുടി പിടിക്കാം ഇതാതെ പറഞ്ഞു കെട്ടിട്ട് പോക്കി ഇത് ഞാൻ പഠിച്ച ഭാഗത്തിലാക്കി പറയാൻ ഇപ്പോൾ തുക ഞാൻ പറഞ്ഞു മായത് റവിയല്ലാതെ ഒരു തെറ്റി ഉണ്ടായിട്ട് സ്വയം സമ്മതിച്ചിട്ടുണ്ടാക്കിയും അറ്റടിച്ചിട്ടില്ല ഇവിടെ വസൂസൺ എന്താണ് ജീവിതത്തിന്റെ മടിക്കം പോയിന് കഴിയാത്തത് കൊണ്ടാണോ എന്റെ കയ്യിലേക്ക് പോകായിട്ടാണോ എന്റെ അതിന് പോയില്ലാത്തതുകൊണ്ടാണ് പോണം പക്ഷെ പോകുന്നില്ല പക്ഷെ അങ്ങനെ ടൂട്ടി ഇട്ട് കൊടുത്തിട്ടില്ല കഴിയാത്തതുകൊണ്ടാണെങ്കിൽ അതിനകത്താണോ വലിയ മൂക്കിലാണോ അതിന് ചെയ്യാം രണ്ടും പാട്ടില്ല അപ്പം എന്താണ് അതിന്റെ വകുപ്പില്ല എന്നുണ്ട് സംഭവം ലോകത്ത് കാണിക്കേണ്ട അതുകൊണ്ട് ഞാൻ ചെയ്തിട്ട് ഒരാൾ സംഭവം ഇവിടുത്തെ സംഭവം അത് ഒരാളാ വിഭജനിപ്പിച്ചിട്ട് എറിഞ്ഞു കൊടുക്കണോ അങ്ങനെ ചെറിയണ്ട എന്നാ വേറൊരാളെ കൊന്നിട്ട് ആ കാടകനായി ഇക്കൊണ്ട് കുഴപ്പത്തെ ചെയ്ത വെച്ച് ഇരിക്കുന്ന ഒന്നല്ല അവ അയാൾ തെറ്റ് ചെയ്യട്ടെ ഇത് അയാളെ മുഖേന വിഭജനിച്ചു ഒരാളൊന്ന് കാണിച്ചു കൊടുക്കട്ടെ പക്ഷെ അയാൾ സംബന്ധിച്ചല്ലേ ചെയ്തു സാക്ഷൻ ചോദിക്കും ഇല്ല എന്തുകൊണ്ട് ഈ കാലത്ത് തെളിവാണ് ഇല്ല അപ്പൊ അന്നീ ചെറുത്തുകൊണ്ടാഴ്ച വന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ തങ്ങളെയൊക്കെ ആ വലിയ മുപ്പത്തി പൂജ അതല്ലെങ്കിൽ തങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ കോഴ്സിൽ തങ്ങൾ പോയില്ല എന്ന് വെച്ച് അയാൾ തെറ്റി തന്നെ വിളി അല്ലെങ്കിൽ വലിയ ഏതൊരിക്കലും കടന്നല്ലേ നിറഞ്ഞ ഞായറാഴ്ച അത് കറാമത്തുകൊണ്ട് കവാടിക്കുണ്ടാകത്താതെ ലോകത്തെവിടെയോ നടന്നത് എങ്ങനെയാ ഒരു സെറോബീറ്റ് ചർത്താക്കിയ വെച്ചിരീവേ ചെറുപ്പെന്ന് പറഞ്ഞ വെക്കണ്ടീരാ ചെറുപ്പിൽ വെക്കേണ്ടത് അവാഡിക്കുല്ലാത്തി ചെറുപ്പാരിയാകാം ഏത് ഇഷ്ടിയാകാം എവിടെ നിന്ന് വന്നിട്ടുണ്ട് മെച്ചപ്പെട്ട കൊണ്ടാകുമ്പോൾ ഇനി താങ്കളെ കവാടിക്കുണ്ടാകത്താതുകൊണ്ട് സെവീറ്റ് ചെറുത്തോക്കിലെങ്ങനെയാണെങ്കിലും ചെറുപ്പിക്കാം ദുരിതം പാതാൽ മതിയെന്നാൽ മതി പെട്ടാൽ താങ്ങിക്കൊന്ന് നടക്കുമ്പോൾ അഞ്ച് മണ്ണുകൾ നോക്കി നിരച്ച നോട്ടം നോക്കിയാലോടുകൂടി രണ്ടാം മതം നോക്കാമെന്നെങ്കിൽ ഒരു അതറിയില്ല ആ വെള്ളം കൂടെ താങ്ങിപ്പിടിച്ച് പലക്കൊട്ടപ്പോൾ മൂന്നോട്ടം രോഗിയായി തന്നെ ചികിത്സിച്ചെല്ലാം പുറത്തും ചെയ്തു എന്നിട്ട് രണ്ടാമത് സ്റ്റേഷുമായി കണ്ടപ്പം ചോദിച്ചു എടാ മണ്ണെടുക്കാരുടെ പൂജ എല്ലാം മതിയാണ് ചെയ്തതാണു ശരിയരുതാ എന്റെ മുരീതന്മാരോ നശിന്മാരോതിനിടയിലായാലും എന്റെ ശ്രദ്ധയിൽ ഉണ്ട് എന്റെ മനസ്സിലുണ്ട് നീ ബാലിങ്ങിനെ നടന്നു പോകുന്ന ഒന്നാമത്തെ നോട്ടം അത് നിൽക്കുന്നതാണ് രണ്ടാമത്തുള്ളത് വിചാരിക്കുന്നത് രണ്ടാമത്തെ നോട്ടം നോക്കി അതിനെ തുടർന്നിട്ട് ഒരുപാട് കിറ്റി പത്താം താസമായി വരാനുണ്ട് ഞാൻ എന്റെ അച്ഛായം പല തന്നെ എന്നെ കുറിച്ച് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്താൻ ആളുകൾ നീ വേദം കിട്ടു അത് കറന്നിട്ടുകൊണ്ട് ദുർലഭമായി സംഭവിക്കുന്ന ഒരു സംഭവം മാത്രമാണ് പ്രവീയത്തിന് ഇതെപ്പോഴും ഇത് ചെറുപ്പാണ് എന്ന് വെച്ചിട്ട് ഇതെന്തെങ്കിലും പ്രറവീസ് ആകുള്ളൂ എന്ന് ഒക്കെ ചെയ്യണ്ട അങ്ങനെ ഒറ്റ കിട്ടും ഇല്ല എന്ന് മാത്രമല്ല പ്രവീതിന്റെ വാക്വന് ബന്ധമില്ല പ്രഭ എന്ന് പറഞ്ഞാൽ ദാട വർദ്ധിച്ചു പ്രഭ വർദ്ധിപ്പിച്ചു എന്തിനെ വർദ്ധിപ്പിച്ചു ഈ മുരീത് ജനിക്കുമ്പോൾ തന്നെ പിതറിയായ നൂറാനീസ് ഉണ്ടായിരുന്നു അത് തെട്ടുപോകാതെ അതിന്റെ തടസ്സങ്ങളൊക്കെ ദൂരീകരിച്ച് ദൂരീകരിച്ച് ദൂരീകരിച്ച് എന്താക്കണം അതിന് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച ഒരു ശോഭകൂക്കി കൊടുക്കണം ചെറിയ തീപ്പൊണ്ടായാൽ മതി കൊടുക്ക വെച്ച് ഊരി ഊതി ഊതിപൂരി ബസ് വലിയ കുട്ടിയും വേഗം കത്തിക്കുന്നത് തിരിച്ചിട്ടാണ് അപ്പോ ഓരോരുത്തരും ഇരുന്നിന്റെ വിഷയത്തിൽ അവന്റെ പാ ജനിക്കുമ്പോഴുള്ള ജന്മനാളെ ഓക്കുണ്ടാവും ചിലപ്പോൾ പിതാവശ്യത്തോളം കഴിക്കുമ്പോൾ വളരെ ടൗക്കുണ്ടാവില്ല ചില ഇരുന്ന് പണിക്കുന്ന ജനിക്കും ചില ചെറുക്കിലായിരിക്കും ചിടന്ന് പ്രസംഗത്തിലായിരിക്കും അതിന് ശരീരത്തിൽ നിങ്ങൾ ഉത്തരോടുകൂടി ജന്മവാസന വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് അതിന് വന്നു ചിലത് സജീതിന് വെച്ചു ചിലത് തതിരി വെച്ചില്ല ചില യുദ്ധത്തിന് വെച്ചു ചില യുദ്ധത്തിൽ വെച്ചില്ല അവനെ വന്ന ജന്മവാസന ഏതാണോ അതിനെ പരിഗണിപ്പിച്ചുകൊണ്ടിരണം എല്ലാത്തിനും അടിക്കാൻ പറ്റിണ്ടായിരുന്നു അടിക്കാൻ പറ്റും അതിന്റെ ഏർക്ക് പോലും ഇല്ലാന്ന് യൂത്ത് പരിചയോട് പറഞ്ഞത് മറ്റും തോന്നിട്ട് മോനേ ചെയ്യലോ മനു അത് ഞാൻ യൂത്ത് പാത ഈസ്റ്റവും ഇല്ലല്ലോ ഉപ്പാടെ കണ്ടല്ലോ യോത്തീ ഉപ്പാടെ കണ്ടു പോയി അങ്ങനെ പോലീസിന് കണ്ടാൽ തെറ്റോ വരുന്ന വെള്ളം വളർത്തലുണ്ട് ഇതേ തന്നെ തന്നെ ഉപ്പ മറ്റും തോട്ടം പോകുന്നു കേക്ക് പരി ശരില്ല അപ്പൊ യൂത്തുപാടിയാകേണ്ടി ഇഷ്ടത്തോടെ പോയി പറഞ്ഞാൽ മതി അപ്പൊ ചേച്ചനെ പോയി ചേച്ചനെ പോയിട്ടിട്ട് കുറ്റം ചെയ്യാൻ വെക്കൂ അല്ലേ അപ്പൊ ചേച്ചന ഈ മോളോ ഒക്കെ തന്നെ എടുക്കണ്ടേ അങ്ങനെ നൂറ് മുരികന്മാരുടെ ഗിയോക്കിന് ഏതാനും പണി ഇപ്പൊ കട്ടിട്ടുണ്ടാ ഇവരെന്താ തെറ്റി നിൻ്റെ ഓടി തെറ്റി നിൻ്റെ ഓടി ഇവരെ പണിയിൽ നിന്നും എടുക്കൂലെന്നൊക്കെ പോണ്ടെ ഒന്നും വേണ്ട മനുഷ്യന്റെ ഭാഗത്തിനുള്ള സീയത്തെ നമ്മൾ വർഗീച്ചാൽ മതി എന്നാൽ അള്ളാറമസിൻ തന്നെ ഹസിയത്തിക്ക് മഹാസീക്കിനി തോന്നു എല്ലാ കുട്ടികൾക്കും മഴ ഇടുന്ന തരത്തിലുള്ള സത്യത്തിൻ്റെ തപ്പി ഈ ഹസീത്ത ഒരു ജിദ്ധി ഈ ചിത്ര തന്നെ തപ്പിക്കുമ്പോൾ ഹസിയത്ത് ഹയാ എ ഇക്കിറാം കൗക്കീർ ഏ ഈ മാതിരി ചിന്തിച്ച് എല്ലാവരും കൂടെ ഒന്ന് ചിത്രം ചിന്തിക്ക അമ്പി ആവൃത്തുകൾ അറിയിച്ചതാ പേട്ടകാവിന് അന്ത പടക്കം ഉണ്ടാകുന്ന ഓർക്കൊടുക്കുന്നതിൽ ഒരു ശക്തികരിക്കും അതും അത് മറ്റൊരു ഓരോന്നും മാങ്ങകളുടെ പാതയിലെ കുത്തിക്കും ആ കിത്രത്തിന്റെ നൂറാട്ടങ്ങൾ പറഞ്ഞ ദിവസം അതിനെ പെടുത്തിക്കോകാത്ത രീതിയിൽ വൃത്തി അപ്പൊ ഹരി പിന്നു വരും ഒറ്റ ദുദാത്തിൽ ഇങ്ങനെ ദുവാഷമാകുന്നു ഒഴിഞ്ഞു പറയുന്നു വിവാസമാകുന്നു ഇതാ ഇവിടെ പകുണ്ട് ചെയ്യുന്ന ചെയ്യുന്ന ചെയ്യുന്ന ചെയ്യുന്നിങ്ങനെ മനസ്സിൽ പ്രചരിപ്പിച്ചപ്പോ തടിഹവ ചെയ് തെയിത്തേക്കും അപ്പൊ രണ്ട് പ്രേരണ അടി കരിക്കില്ല ഈ രണ്ട് പ്രേരണയിൽ ഈ ഏതാണോ വിജയിക്കുന്നതുപോലെ എടുക്കും മണി തടിഹവ ജയിച്ചാൽ ജയിപ്പിക്കും ഇതാണ് ഇപ്പം ജയിച്ചെങ്കിൽ ജയിപ്പിക്കില്ല അപ്പൊ തടിഹവാന്റെ പിടുത്തത്തിനുണ്ടാക്കണം ആക്സിഡന്റ് പിടുത്തം ഇങ്ങോട്ടേക്ക് സാധ്യഹ നിലനിന്ന രീതിയിൽ ില്ലട്ടെ പിടോനൂറോ ഭുവാൻ നത്തിവീറോ എന്ന് പറഞ്ഞ ഈ വാക്കിൽ അസുരൻ മുട്ടത്തീ ഒമ്പതോ അസുരൻ തിക്കൽ എന്താണ് എളുപ്പം نعم ، سيكون ذلك الشارع فنية ، فهذا ، فهذا فريم بأموره يقول ، أنّ الالعلاد الذي يسير إليه نعم ، نسائل سيطار فريم بأمورن الالعلاد الذي يسير إليه نقول ، مثال ، نتارك في نوره هو الالعلاد النفسي من غفلات نفسه التي يضيانه غفلات نفسه ، تكين نفسه ، قباطن نفسه وهم فيما مما هذه الذئب يذقون محمد ديجلي ديجنديبو ديجنديبو اورتنديبو عندنا بيقولوا ان له ودي اول جوينو عندها متيناني افن لكنا نلوكو ان نجيوا الى هذه المسيله بره ده ابو الفاروق اذن ده هوما عباره قرطادي خبرته لا അന്നലെ രാജലി യശീല ഇലഹി ഇല്ലാതെ ഹുക എന്നുള്ളത് ഇതോടുന്ന ഹവന്നി ും കെട്ടിനട്ട് പമ്പൽ കലർത്തി വടക്കോടാമ്പും അതിനുള്ള ഹിറ്റിമുണ്ട് ഡിസ്കോണ്ടും പതിവേദ് ജഹ്ലി ചൂടിലും തിരിയൊക്കെ നാദിയിൽ നമ്പാം ഈ പറയപ്പെട്ട ബസ് രോഗരീതമാണ് അഫലത്ത് തുക്കോക്ക് ഭാഗത്ത് ഹിറ്റിമോ സം വട്ടത്താതിൽ ലക്കലാസിന് ബുദ്ധിയായാൽ അള്ളാന്റെ ഹലത്തിൽ തെറ്റുന്ന ആളാൽ അത് കയറിക്കൊള്ളുന്നില്ല തെറ്റുന്ന ഒരാടാൻ അതായത് ഒന്ന് വർത്തലി ശുദ്ധിയായി ഒരു ഇട്ടു വരുന്നു ഏത് ഇക്കാത്തരങ്കിൽ പ്രവേശിക്കൽ വേറെയാണ് അർഹരാണൽ ഇതിന്റെ ഓരോ ഭാഗം നമ്മൾ വന്ന് പ്രവേശിക്കണം അതിന് വിഷയം കേളായിരുന്നു അതിലിന്നു ീട്ട് തിരഞ്ഞുതാനിത്തി ഉപരോധം ഈ ചികിത്സ സമ്പ്രദായോ ഇത് നീ നിനക്കുന്ന കാലത്തോളം അന്ന് ഇന്ന് നിലയിൽ അപ്പം ഒന്നിനും അദ്ദേഹം വല്ലാണ്ടായിപ്പോയി ഒന്നുകിൽ സമ്മതിക്കുന്നതല്ല അത് ആവർത്തിക്കുന്നെന്ന് പറഞ്ഞോളും ീ പറപ്പെട്ട രീതിക്കാണ് ദലീപത്തും അത് കാന അത് മുമ്പേ ഉണ്ടായിരുന്നു പക്ഷെ അത് അത് ബാക്കിയായി നിൽക്കി ലോകമെത്തിന്റെ കാലത്തോളം ബാക്കിയുമാകുന്നുരീപി ദി ഹാവിൽ പറയപ്പെട്ട ഈ ദലീപത്തു എന്നാണ് പേര് ഒന്നാം അത്സമ്മാനം തരീക്കൽ ജനാധിവസിയെത്തി എന്നുപേരുണ്ട് ഇതുകൊണ്ട് അദ്ദേഹം ഒരു സത്യത്തിൽ സത്യത്തിൽ പുലർവരാകൊരു പാട്ടിലുള്ള കഥ ഇത് അത് രണ്ടിന് സബ്ദിത്താക്കരി എങ്ങനെ സത്യത്താക്കെ ബി സഹലി സാമിന് സദാഗിരി ആ സത്യത്തിൽ രണ്ടും കൂടെ ഒരുക്കുമെന്ന വാക്കാണ് ും സഹലിയത്തും ജാമ്യ എന്ന വാക്കാണ് പദ്ധതി അപ്പൊ സഹലിയത്ത് കൊണ്ടും ആ സഹരിൽ പല ഇവിടെ തഹലിയ സഹകരണ മോനും കൃത്യം കൈക്കൊള്ളുകൾ അറിയാ ഇവല്ലാ ലൈലുകളെ തൊട്ടും എല്ലാ തകർപ്പുകളെ തൊട്ടും ശുദ്ധമായി സഹലിയക്കായി കഴിഞ്ഞാൽ അച്ഛര പ്രക്കാരിഹുസിൽ മഹാർ ജില്ലത്താ ഉണ്ടാകുമെന്ന് പ്രവാദിക്കും ഇക്കലുള്ള വാർത്താ പറയുന്നു സഹിയ തമിഴ്നവയാ ിൽ പറഞ്ഞിട്ടുണ്ട് അവയാൾ കണ്ണിനെ ഭാര്യ അപ്പം പിന്നെ മുതൽ പറഞ്ഞു അന്ന ആര മാതാമുണ്ട് ബാക്കിയും താണക്കപ്പെട്ട വലിയ ഭാഗ്യമാണ് രാമൻ നാളെ വാർത്തയാകും നീ കോതിഹിരാമൻ അല്ലെങ്കിൽ എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ തായത്തെ തായിക്കൊണ്ടേക്കും അതിന്റെ നേരെ നാമരായവരായിക്കൊണ്ടേയിരിക്കും അള്ളാഹുവിന്റെ കൽപ്പന വരുന്ന വേറെ കേമനാട് വരെ ഹദീസ് വേറെ ഏതോ വാർത്തിച്ചാർക്ക് വേണ്ടി ഇറങ്ങിയല്ലേ നമുക്ക് വേണ്ടി അവർ അങ്ങനെ മാഗ്രി എന്നാൽ ഈ തായ് പത്തമിൻ നിമത്ത് ഏതാ ഈ തായിപ്പത്ത് അന്നഹായി തായിപ്പത്ത ഈ ഹരീഫിൽ പറയപ്പെട്ട തായി പത്തങ്കൻ നിമത്തി തായിക്കത് അറ്റപ്പാർട്ടിയല്ല എന്നാ പറയും ഒരു പ്രത്യേക ഓഫീസിലുള്ള വർത്തല്ല വർത്തു ആഭാഷണത്തിന് കൊണ്ടു ഞാൻ യാത്ര എല്ലാം പറയും അത് മൊല്ല പത്തു അത് വലിയ സംഘടിതമാണ് ഈ ദീടിന്റെ നിലത്തം വഴിപാട് അറുമാണ് അബ്ദുതമായ വ്യാപിതന്മാരുടെ പങ്കെടുക്കുന്ന പണക്കാർ ഉണ്ടാക്കുകൊണ്ടിരിക്കുന്നു ഹിന്ദുതരകളമാരീമിന്റെ ആളുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു ഏ അഭൂദ്രതീരമായ ദുരിത ആളുകൾക്കാരുണ്ടാവും അപൂടമായു അപ്പൊ ദീനന്റെ എല്ലാ വശങ്ങളും പിടിച്ചു നിൽക്കുന്ന ആളുകളെല്ലാം നടക്കുകയും മാലില്ലാരില്ലാതെ ലാമി നാട്ടിഹീന ബ്രഹ്മാചരതി ആദമീൻ എല്ലാം കൂടെ നല്ല പണിട്ട് അഴിമതി ഒരു പ്രത്യേക പാർട്ടി പക്ഷം എല്ലാമാർ മാത്രം എനിക്ക് ഒഴിഞ്ഞുണ്ടാക്കിയ പാർട്ടിയെല്ലാം ഇപ്പൊ കാലഘട്ടപ്പെട്ടതും കൂടി പറയുന്നത് ആ പാർട്ടി നമ്മൾ തന്നെയാണ് മനസ്സിലാക്കി ആരെങ്കിലും പാട്ടിൽ അങ്ങനെ അതുകൊണ്ട് ഓഫീസിൽ നിസ്കാരം അല്ലാതെയാണ് ഏകാ മണിക്കാൻ ഓടിയെങ്കിലും ഇവിടെ എന്താണ് ജന്മാക്കാനുള്ള വഴിപ്പ് ഒരു മലസ്ഥാനത്ത് വരെ ഞാൻ ജന്മാക്കിയിട്ട് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കാം അത് ഇരിക്കുന്നവരെ ഞങ്ങൾക്കുള്ള വെപ്പുണ്ടെറും നൽകിയിട്ടാണ് നമ്മളിപ്പിക്കാം അതിരിക്കുന്ന ഒരു നോളും പറഞ്ഞു ജന്മാറി നോക്കാം വിസ്സാരം നിങ്ങൾക്ക് പല വിദ്യാത്ത ശരി അപ്പൊ താല്പര്യത്തിൽ നാം അത് പ്രത്യേക താല്പര്യത്തിൽ മാത്രമല്ല ആരോഗ്യങ്ങളുണ്ട് വനമാവൻ ആവിലുണ്ട് മുതാഹിതീ കലും ഭൂമി കാണിയെല്ലാം അമ്മാർ തന്നെ നിലനിൽക്കുന്ന ആ അതിൽ ഭൂമി കൊടുത്ത കാര്യമല്ല എപ്പോ സജീവമാണ് ഈ കോളി കാണത്തു പറഞ്ഞില്ലേ ില്ല അന്നാലാ തർക്കത്തി അബദാൻ ഒരിക്കലും ഉയർന്നപ്പോഴ ഭൂമി തന്നെ പക്ഷെ ലാറ്റിന് താരത്തം കത്തിൽ കടവാസിയോ കറങ്ങിയാട്ട് വരവില്ല ഒത്താറത്തം വെക്കുന്ന ഒത്താറത്തം വേണ്ട ഒരു ബഹുമതി കൊട്ടാരത്തിന്റെ മത്തിഭത്തിൽ അറങ്ങി വല്ല ഒട്ടാറത്ത മുതല ചറക്കി വല്ലൊരു കാർ അഞ്ചിൽ ഇറക്കിലുണ്ടാവും ഏതെങ്കിലും ഒന്നും ഇറക്കി പക്ഷെ ചിലപ്പോൾ എന്താവും കാര്യോ ഇത്ര ആൾ കൊലപാതകം പ്രവർത്തിക്കാത്ത മൊഴികം മാഡ ക്രമപ്പെട്ടിക്കഴിഞ്ഞാൽ ഇത്ര ആണ് ജമ്മിലാണല്ലോ കോർക്കാൻ പേരാവില്ല ജമ്മു ജമുനാവേണ്ടത് നിങ്ങൾ ഇപ്പഴാവേണ്ടത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ട് എന്താണെന്ന് ഗജന്റെ ആരത്താണോ യജ്ഞത്തിന്റെ ആഴത്താവേണ്ടത് ഗവൺമെന്റ് ആകത്താവേണ്ടത് എന്നുള്ള ഇങ്ങനെ ഇത്ര രാജ്യായോ മൊക്കാമത്തോടു അതിനെടുക്കാൻ സന്തോഷം പ്രവർത്തിച്ചും നടത്തിക്കൊണ്ടുള്ള പ്രതിയാവുന്നു ഇതിനുശേഷം ഊട്ടിപ്പുറ്റിട്ട് ഒന്നും ഈ ചടത്തുന്നുണ്ട് ഒരു പക്ഷെ അതിനകത്തുന്നില്ലാന്ന് വെച്ചാലും അതാ ഒന്നിക്കില്ല മാത്രം ഇറങ്ങും ആ സ്ഥലതും അതിൽ അത് മാത്രം ഡോക്ടർ അമലെടുക്കും രണ്ട് അപ്പൊ നിറഞ്ഞു അതിൽ തക്ക മാത്രം ഉണ്ടാവും ആളത്തം ചിലപ്പം വിരപ്പതിൽ നിർമ്മാലിന്റെ ഓർമ്മത്തിൽ ദൈവമാരുടെ ഓർമ്മത്തിൽ ഓർമ്മത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതുകൊണ്ട് മാത്രം നിലവിൽ ഉണ്ടാവും ചിലപ്പോഴും ഹിമത്ത രത്തിലും പോകില്ല അതിൽ നടക്കുന്നില്ല ഷീപ്പൻ കൂട്ടുകൾ പോകേണ്ടി വരുന്നില്ല വരുമ്പോൾ തലത്തിൽ വന്നിട്ട് ഫാൽ ശേഫുമായി കണ്ടുമുട്ടലും ശേഫന്റെ നിത്യ പറഞ്ഞു കൊടുക്കലും മാത്രമായിരിക്കും ചെറുപ്പം ഉണ്ടാവില്ല അപ്പൊ അഞ്ച് രീതികളൊന്നും ുമോ ഈ പറയപ്പെട്ട അഞ്ച് രീതിയും രാജ്യം അബദല്ലാമി കാലാകാല ഉണ്ട് പക്ഷെ അന്നലിസ്റ്റിലാ കടന്നിഹിൽ ഒന്നാമത് നമ്പർ വണ്ണില്ലേ അത് ഈ കാലത്ത് കുറച്ച് ഉദ്ദേശിക്കുന്നു ഒന്നേ പേർക്കിട്ടുള്ളൂ അതുകൊണ്ടുള്ള മതത്തിന് അടയിൽ പോയിട്ടുണ്ട് ഇതുകൊണ്ട് സാധിക്കാൻ ഒരിതം മറിഞ്ഞു കിട്ടാറില്ല കിട്ടണ്ടേ എന്നിട്ട് തെർച്ചു അല്ല അല്ലല്ലാത്ത ഞാൻ ചെയ്തിട്ട് നിങ്ങൾ സാധിക്കാൻ മുറിയാതെ ഇപ്പൊ ചെയ്യുന്നത് കാണിച്ചില്ല മാറ്റം അല്ല ചിലക്കോട് പോകണം ഇപ്പൊ ആശുപത്രി ചികിത്സിക്കണം വൈദ്യോ കാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് എന്ത് കേട്ടില്ല ബൂത്തും കിട്ടിയെത്തില്ല മുഖാ നുക വെച്ചോണ്ടാവും ചോദിക്കാൻ പാ മണി തരുമുക്കരാ അതേ തരത്തിൽ നിങ്ങൾ ആത്മഹത്യ തോന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രോഗിയായ തോക്കം മാറിയിൽ ആത്മഹത്യ തോന്നെ ചെസ്റ്റിച്ച് പോകുള്ളൂ അത് രോഗിയായ കാര്യം വരട്ടെ ഇതിന്റെ ചീഫന്മാരെ പോലെ നിർദ്ദേശം പാലിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആരല്ലെന്ന് തോന്നി പക്ഷെ അത് വാണ്ടത് പ്രയാസകരമാണെന്ന് ഇല്ല ഒരു ചോദ്യത്തിരിക്കൂ ഇനിയും മൂന്നോ രീതിയിലെ ദൗത്യത്തിൽ അമ്മമാ അന്നേറെ സാധിക്കാൻ മുതിക്ക് എത്തേണ്ടത് എന്തൊരു രീതിയിൽ ചോദിക്കുന്ന പരിശോധിക്കില്ലേ ആരാ അബ്ദുൾ അഹാബ് സൊറാനിമോമിയാണ് ആരെ ഇബ്രാഹിമുൽ ഹബാസ് അബ്ദുൾ അഹാബ് സൊരാനിമാൻ പറയുന്ന വിവിധങ്ങളായ കണ്ണുകളിൽ എഴുതി തണ്ണാക്കി കവിയിലാക്കി തനിയതും മറു താൻ കൊണ്ടു കുട്ടിച്ചലി വെച്ച കിതാബൻ വലിയ സ്റ്റോക്കാൻ ഇബ്രാഹിമുൽ പെട്ടെന്ന് കിതാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മഴ നറു മുരി കാര്യമാക്കി കിട്ടാൻ പറഞ്ഞു പക്ഷേ ഒരു ഒരാൾ നേരത്തെ കഴിക്കാൻ ും ഞാൻ അത്ര പോയി എനിക്ക് വ്യക്തിയെങ്കിലും വളരെ അംഗീകാരം കിട്ടാതെ ഇപ്പം പറഞ്ഞാൽ വേറെ വാങ്ങാൻ കിട്ടുമ്പോൾ ഞാൻ തന്നെ കുക്കൂല എന്റെ മനസ്സിലറിയാം അതിന്റെ ആളുകളൊക്കെ പെട്ടെന്ന് കൊടുക്കുവോ ഒരു ഇരുമിന്റെ ബന്ധപ്പെട്ട ഒരാളും എനിക്ക് ഇനക്കണക്കിന്റെ വിഷമ ജീവിതത്തിന്റെ പിന്നായി അന്വർത്തിനോക്കണം ഇബ്രാഹിം കാരണം ജയിക്കുന്നത് ചിരിച്ചു തന്നെയാണ് ചിലപ്പോ കഴിക്കും ആടെ നിൽക്കാൻ ഞാൻ പേര് അത് ഇഷ്ടം തന്നെയായിരിക്കും ചെലപ്പം ജീവിതങ്ങളോളം ജയിച്ചിരിക്കും അവിടെ വൈമനത്തിനായിട്ട് ജീവിതങ്ങൾ ചിരിക്കുകയും ആയിട്ടുണ്ട് അതെ ഞാൻ പറയുന്നത് ചെയ്ത കിട്ടായിട്ടല്ല സാധിക്കാത്ത രീതിയിലായിരുന്നു വലിയ ബില്ലായിട്ടല്ല കാതിയായ ഒരു ലക്ഷ്യം പോലെയുള്ളൂ കാദ്യവായ ഒരു ലക്ഷം തന്നെ നാളെ പോലും കടാമൊക്കെ കാണിക്കുന്നുണ്ടോ നാളെ കടമൊക്കെ കാണിക്കണം മറ്റന്നാളൊക്കെ പുറത്തെ ആളുകയറണം പൊതുവായി വെള്ളിയാകെ താറുണ്ടോ അതല്ല മൂന്നേരം ഉള്ളത് പറഞ്ഞു മറ്റേ പാടുള്ളൂ കുടുങ്ങിയില്ലായിരുന്നു നിങ്ങൾ അങ്ങനെ ആക്കി തരണം എന്നറിയില്ല അങ്ങനെ അങ്ങനെ ആ ഒരു ഇരുടില്ലെങ്കിൽ നിങ്ങൾ തരി കുരു അങ്ങനെ ചെയ്തിട്ടില്ല സ്റ്റേഷിന്റെ അത് ദൈവം എന്നാരെല്ലാം എടുത്തിട്ട് നിങ്ങളെ മാറ്റി എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ അമ്പത്തിൽ ഇല്ല അത് കത്താൻ കയറി നേരെ ആയിരുന്നപ്പള്ളേമാതിരി ആ കുരി അത് നിങ്ങൾ വേറെന്തോ വ്യാമിക്കുന്നു വേറെന്തോ വ്യാമം ചില അതിൽ ആദ്യ ചെരുക്കും വിവാദത്തോട് ഒഴിവാ ചിരുക്കും വിവാദത്തെന്താ ഒമ്പതി നാലാം തീയതിയിലാ ഏമിനലാ മാറ്റി ഒമിനലാ മാറ്റിയോ അവനെല്ലാം മാറ്റി അത് പത്തൈമണിക്കാം അതിൽ ഏതൻ എന്നെ സംബന്ധിച്ചോ എന്ന് ഞാൻ പറഞ്ഞു ഒറ്റ നോക്കുന്നില്ല അതെന്തെന്നാറു ശ്രീകന്ധാ ഏൽപ്പിക്കുമ്പോഴും നമുക്ക് ഏക മുൻപ് ഏരിയാക്കാൻ ഇരിക്കുന്നത് എന്തൊക്കെ കാര്യത്തിൽ വളരെ ഇത് ചെല്ലാനും പാടാനും ആ നീടകളെ കൊടുക്കപ്പോ അതൊന്നും പ്രശ്നമില്ല അപ്പൊ ശരിക്കും നിങ്ങളെ പിടിച്ചിട്ട് കഹരനായിട്ട് ശരിക്കും പിടിച്ചുകൊണ്ടപ്പോ നേതാക്കി തന്നാണ് ഞാൻ പറയുന്നത് അല്ലെ അത് നടക്കാമെന്ന് വളരെ ഭയം കൊണ്ടാണ് അല്ല ഒരു വസ്തുണ്ട് അങ്ങനെയാണ് അത് മൂന്നാളെല്ലാം എല്ലാം പിടിച്ചു കഴിയാത്തത് ആക്കാ എങ്ങനെയാ ഒരു വാദം സങ്കല്പിക്കാ വരവോ ഉമ്മത്തോട്ട് പാട്ടെല്ലാം പാടിച്ച് നിങ്ങളെല്ലാം പാട്ട് കാര്യം ജനങ്ങളെ നിങ്ങൾ തുണിയിൽ നിന്ന് കഴിച്ചു കൊടുക്കണം നിങ്ങളെ കൃത്യമായ നിർമ്മാണത്തിന് വരണം അങ്ങനെ തന്നെ ഈ പറയപ്പെട്ടത് നിങ്ങൾ അതിന്റെ വക്താവായി കിട്ടണ്ടേ വക്താവായി കിട്ടണെങ്കിൽ മണിക്കൂർ ശേഷം മേൽനോട്ടത്തിൽ ഒന്നിച്ച് നടക്കാൻ തയ്യാറാണ് രാവിലെ ചോദിക്കും മേന്ദിനും ചോദിക്കും ഉത്തരം ഇപ്പം വന്നിരിക്കും അന്നേരം വളരെ തൊപ്പി നാപ്പളെ നമ്മക്കില്ല എന്ന് പറഞ്ഞിട്ട് പണ്ട് നീക്കൂടി ആശാ ഇല്ല ഇത് റീറ്റിക്കാലും പഴപ്പിന്റെ തൊപ്പിട്ട് കൊടുത്തു ജാതരോധിച്ചോ ഉച്ച മകിച്ചില്ല ഇത് തോറ്റിപ്പില്ലേ ആശാരി എന്താക്കി തൊപ്പി നാപ്പളെ വെച്ചിട്ട് പോയി ഏഴായിരം മൂന്ന് നോക്കുമ്പോഴാണ് നീതില്ലേ അത് വളരെ പ്രയാസമായ സംഗതിയാണോ ഇത്രയും ലക്ഷക്കണക്കിലും വിരുദ്ധമാണെന്ന് അവര് സാധിക്കായ മുരി ഒന്നോ രണ്ടോ അറേണ്ടായിട്ടുണ്ടായിരുന്നു കേരളത്തിലെ വരുന്നത് പറയണം വരിച്ചിട്ട് ഭാഗം വലുതാക്കാലേ വലുതാക്കാലെ അന്ന് പറഞ്ഞിട്ട് ജില്ല വലിയാക്കി തന്നോ ആട്ടെ വലിച്ചിട്ടുണ്ട് ആര് നടത്തുന്ന കാര്യമല്ല അങ്ങനത്തെ ഒരു ഊർജ്ജി ആരിക്കലുമില്ല ഗുരീനിലേക്ക് കിട്ടിയ സാധിക്കായ ഗുരീതാന്ന് കംപ്ലീറ്റ് ഇൻസിനാൻ ചെയ്ത് പരീക്ഷണത്തിൽ ബോധ്യപ്പെട്ടാൽ പടി പടി പടി പടി ആവാൻ കയറ്റി കൊടുക്കും പാട നിങ്ങൾക്കറി അഖിലെന്ന് പറഞ്ഞു തന്നു അലസ്തമാൻ്റെ മുഹമ്മദ് റസൂലും വല്ല ഭാഗപ്പെടുക എന്നും ആരെങ്കിലും മനസ്സിലാക്കി എന്നോട് പറഞ്ഞു അവതരിപ്പിച്ചതിനു ശേഷം അതിന്റെ പോലെ തപാസിലുള്ള ഇതിൽ തന്നെ നിങ്ങൾക്കുള്ളവരുതാണ് തക്ലീദാണോ ഇസ്തു ഉള്ളത് സുഹൃത്തിയാനോ ഉള്ളത് ഷക്കരി കാണാൻ കത്തിന്റെ ഈ ഗുഹാൻ കിടക്കണം എന്ന് പറയും അതിൽ പിന്നെ ശുഭാർത്ഥികൾ കൺപിടിക്കുന്ന രോഗികൾ കൊടുക്കണം അപ്പൊ അവർക്ക് അതിനേക്കപ്പെട്ട കാര്യം കിട്ടാനുള്ള എല്ലാ അൾക്കാരുകളും ഒന്നുമുതലി സഹാറത്തെ മുതലി പാർട്ടിയും മുതലി സൂറത്തെ മുതലക്കയത്തെ മുതൽ പോലെ എല്ലാം പ്രവേശിക്കണം എല്ലാം ഇതല്ലാത്ത അങ്ങനെ മുതിരി ഏത് മുതിൽ എത്ര ദിവസം നിൽക്കുന്നു പറഞ്ഞാൽ തന്നെ സ്വയാനുഭവ് തേക്കും വിച്ച് ഇനി തഹിക്കാൻ നിലവേച്ചല്ല ഈനാളിയുടെ ഒരു സാധനം പിന്നാലെ സഹിക്കാനില്ല എന്നാണ് പറഞ്ഞു ഇനി ഈ നഷ്ടപ്പെട്ട പോയിപ്പോയി കിതാബിന്റെ പകരം അതാത് പണ്ട് നിങ്ങൾ കിതാബ് ഉണ്ടാവണം നിങ്ങൾ കിതാബിന് ആഗ്രഹിക്കുന്നതാകുമ്പോൾ ആശ്രയിക്കുന്നതാകരുത് കിതാബ് നിങ്ങളിൽ നിന്നുണ്ടാവണം അല്പകാലത്തിനുള്ളിൽ എല്ലാം അറുപത് വർഷം മുപ്പം കസാജി പോകത്തോണ്ട് അതാണ് പങ്കിടി ഇത് ഗതിയോടാ ഒരു പരീക്ഷണങ്ങൾക്ക് വന്ന അപ്പം കുടിക്കോടെ ലാഭനോടൊക്കെ കണ്ണു കേറിപ്പോയതാണ് വെരി പോകേണ്ടത് എത്തിയാലും ജയിച്ചാൽ എത്തിയാലൊക്കെ പരിശോധനയും വരും അതിനിപ്പോ അതും പറഞ്ഞിട്ടുണ്ടോ ആ ഡോക്ടർ അതിന് മേഖല പരിശോധിച്ചും പല കടം കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ താല്പര്യം ചികിത്സ തോക്കം വാങ്ങി പിടച്ച് ഡേറ്റ് മാങ്ങി എൻഗേജ് ആക്കി അതെപ്പറ്റി കടന്നു കൊടുത്ത് രജിസ്റ്റർത്തിട്ട് അറുപതിനായിരം ഉപയോഗിച്ചിട്ടുണ്ട് കാര്യം ചെയ്യാൻ അറുപത്തിൽ അറുപതിനാൽപര്യം നോക്കാം അങ്ങോട്ട് ഒരു കക്കം കേറാം അന്ന് വിളിച്ചോളൂ അതൊക്കെ നല്ല കാര്യം ഇനി ആദ്യണ്ട എന്താണ്ട് വരാൻ കരാമത്തെ എടുത്താളാകി കരാമത്തെ അച്ഛൻ ആളായിരുന്നു കരാമത്തെ അറിഞ്ഞു പോകും ഇന്ന് ഇന്നാണ്ട് വരുമോ ഇന്ന് പറയുമ്പോൾ ഇന്ന് അറിഞ്ഞു പോയി നമുക്കിവിടെ പോവാന്ന് അതിന്റെ ഗ്രാമത്ത് നമ്മുടെ ഗ്രാമത്തോലല്ല അമ്മാറിന്റെ മതബാധിതർ കവി തെറ്റാതെ ഇനി പറഞ്ഞ ഒന്നും നമ്മുടെ പിടികൂടാത്ത രീതിയിൽ കവിത് ചൊവ്വാ നിശ്ചിത പക്ഷേ ചെവിന്റെ കാര്യങ്ങളൊക്കെ വിളിച്ചാൽ ഈ സ്റ്റാർട്ടിങ്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ടോ ഇവിടുന്ന് വിളിക്കുന്നുണ്ടോ അവിന്ന് വിളിക്കുന്നുണ്ടോ പാട്ട് പഠിക്കുന്നുണ്ടോ പണ്ടു അതൊന്നും അതാ ആ തെളാകുമ്പോ ഞമ്മക്ക് തലേദിനം പഠിക്കുന്നില്ലല്ലോ ചോരത്തിന്റെ അടിമയിൽ ഇത് ചോദ്യം വന്നു സന്തോഷം വന്നു മകനെ മാത്രം നീപ്പം നിസാരിക്കുന്നില്ല ഇത് തരാതെ പഠിക്കില്ല നിശ്ചിത നമുക്കിണ്ട് തലാമസ് ഗ്രാമ പ്രദേശത്ത് തീവ്രവാദത്തില്ലണ്ടായി പിന്നെ ചിലക്കെന്താ പോലെ പഠിക്കാതെ പണിക്ക് നയിക്കാനും കഴിയില്ല ചെയ്താലും കഴിയില്ല വായിക്കാനും കഴിയില്ല പൊട്ട ചോട് അതിന് കിരുന്ന് പ്രത്യേക മഹലനായിട്ടുണ്ടാക്കി അഹ് ഇങ്ങനെ കിട്ടണം അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെന്താ പണ്ടോ സ്ഥാപിക്കുന്നത് ഇത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനത്തെ നേരത്തെ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്ററിന്റെ മക്കത്തുനിന്നുള്ള അതിലേറ്റേക്ക് നടന്നു പോകാൻ വാദിക്കുവാൻ കാണാൻ ഇത്ര ബുദ്ധിമുട്ടാണ് മതി പോകുന്നു വെള്ളം പോലെ وارتقاء انت حسب ما دلت عليه العلامات عن العلامه الذيكنو وشهد به النذكر فليس يتوكم عن ذاك الشيء বীকনক বলను আর আমরা শেখ মহাবпетের সরব পর উন্নতি করতে সরবীত বিল ইসলাহ ইসলাহ বরাবর আমাদের تربيت মরগি পয়রিকনু ഈ സ്ഥലത്തെ അറുപത് മേശിനെ സമാനിയുടെ എണ്ണൂറ്റി ഇരുപത്തിനാലാം കള്ള മകരു മൃഗത്തിരിക്കുന്നു ആര് പറഞ്ഞത് മശാഹത്ത് പറഞ്ഞു കാര്യം വരാം തപത്തിൽ ഇല്ല ഇപ്പാലത്ത് ബിൽ ഹിമത്തിൽ കൊണ്ടാണ് ഇപ്പാറെ ബാക്കിയുള്ളൂ അതുകൊണ്ട് ആരോഗ്യ കിതാബ് സുനത്തു മൃഗം പിടിച്ച മണ നിസ്സാരം വേണ്ട അതായത് അതാണ് ഇപ്പൊ തന്നെ സൂര്യം ഏത് ഹിമ്മത്ത് ചെയ്തിട്ട് ഹിമ്മത്ത് ഹാല് ഒരു കാര്യമാശണ്ടാകുക ഇങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് എത്തിക്കണം എന്ന് ഇവരും വരുമ്പി വിചാരിക്കുക അങ്ങനെ സ്വയംഭത്തെത്തിക്കൊള്ളാം ഈ ആര് കണ്ടിട്ട് ഇങ്ങനെ പരിശ്രമം ലഭിക്കണം അത് മനസ്സിലാമിച്ചിട്ട് അല്ലായി ടോഫിക്ക് എന്തൊക്കെ ആര് പറഞ്ഞു സർവത്ത് നമ്മൾ പറഞ്ഞു പറയുന്നു മാസായെന്ന് പറഞ്ഞില്ലേ ആദ്യ ബാദു മാസായിട്ട് അത് അല്ല ഈ നക്കറ ഹുവാൻ ഹറമിയ പറഞ്ഞ ആള് മുപ്പത് കൊട്ടിലെത്തി െക് വന്നതാകട്ടെ നമുക്ക് ചിന്തിക്കാനുണ്ട് പറ്റ തമ്മതിക്കൂടാ നീ വരിക ഇത് രണ്ടു വകുപ്പിൽ കുടിച്ചു അങ്ങനെ സമ്മതിക്കാൻ നീ ഇല്ല ഇത് കൊടുത്തിട്ടല്ലേ കാലണ്ട പാലക്കന്മാർ മുന്നൂറിന് ശേഷം ഇല്ലാണ്ട് വീട്ടിൽ ഞാൻ പറഞ്ഞ ദേശം വായിക്കണം പിന്നീട് നഗന്നൂട്ടത്തിലുണ്ട് കുടുങ്ങിന്റെ വഹിമ കാലകോൻ നതുവൻ ഒന്ന് അന്നിസ്തുക്കളാണെന്നറിയോ മൂപ്പറോസ് അതാക്കിയിരിക്കുന്നു ഇസ്തുകാ ചെയ്യുന്നു പറഞ്ഞ ഓരോ ജ്വസനീയാത്തും ഓരോ നാട്ടിലും ഓരോ കാലഘട്ടത്തും പ്രതീക്ഷിച്ച് പരിശീലന ഒരു കുഞ്ഞിയായ ഒപ്പം കൊടുക്കാൻ വേണ്ടി തത്തുഴം ജ്വസനീയാത്തി നിങ്ങൾക്കും ഇരൻകുല് ചെയ്യാത്ത ഇഷ്ടമായ <Sess> hai, no處, ീ ആയ സംഭവങ്ങൾ ഓരോ കാലത്തും ഓരോ നേട്ടം നടക്കുന്ന കമ്പനി ഇഷ്ട അതിൽ നിന്നെല്ലാം കൂടി മനസ്സിലാകുന്ന ഒരു പൊതു തീരുമാനം ഉണ്ടാവുന്നു അത് നീക്കെപ്പം നേരം കിട്ടി ഓർമ്മിക്കും നീക്കെപ്പോൾ നേരം കഴിക്കും ഓരോ നാട്ടിൽ നടന്നിട്ട് ഓരോ കാലഘട്ടത്തിലും തുറന്നിട്ടുണ്ടോ തുറന്നിട്ടുണ്ടോ നിറഞ്ഞിട്ടുണ്ടോ അത് മറ്റു അത് മുത്താഹത്തിനാണ് തീ ജമ്മി അക്കാറിൽ നടത്തി ഭൂമിയിൽ നാലാ ഭാഗത്തും പോയിക്കാർ നടത്തുക അതല്ല മുത്താഹത്തിനാണ് നടക്കുന്ന കാര്യമല്ല അതാണ് ഇടയില്ല മാത്രമല്ല അവർക്ക് അൽഹാരി ബാണിയും വാരിമ വർക്കേണ്ടത് മറന്നി വറക്കലാ പുറത്തു വന്നിട്ട് ന്യൂസും കെട്ടിച്ച് ബാബാബാ ഇത് പറയുന്നത് എൻ്റെ തിരിച്ചോളന്നാണ് കപ്പാലാണ് കൊടുത്തും അവർ നിധികളാണ് ഇല്ല മണ്ണമില്ല അല്ലാതെ അവർ നിങ്ങൾ ഇഷ്ട പറയണം ഒത്താനി രണ്ടാമത് പറഞ്ഞ എന്താണ് രണ്ട് ദിവസം നിൽക്കുന്നതല്ലേ അന്നധാരത്തല്ല അവനിയായി ആ സംഘത്തിൽ അബദൽ അവനിയായിട്ടുള്ള താരം ഒരിക്കലും മുളകൂലാറില്ല അല്ലാണ്ട് അക്കതാബീയങ്ങളും അബതാരങ്ങൾ ഔത്താദികൾ മുതലായ എല്ലാ താരം വിവരത്തു ഇനി അക്കതാബം അബിതാബ് അവത്താതാവണമെങ്കിൽ വേറൊരാളെ കറവിൽ ഇല്ലാതെ നടക്കൂല എന്നാണ് വാക്കുന്നത് അത് കടകൾ ഉറങ്ങില്ലാകുന്നു അക്തും മൈരഭായതിൽ ഒരാല്ല കുറേ ആള് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരാളെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മുഴുവൻ പ്രവില്ലാ നത്താമത് കുട്ടുമെത്തി കുട്ടിന്റെ പദ്ധതിയിലേക്ക് സ്ഥലായും ഇന്നത്തെ തിറബിയത്തിന്റെ തറബീസിന്റെ നടക്കൂല അപ്പൊ തമിഴ്ത്തിനാദ്യമായിട്ട് പരിസ്ഥിതി കൊണ്ടറിയപ്പെട്ടു കൂടിയേ കഴിയും അതിൻ്റെ പൈൻ കൊടുത്താൽ അതും വേണ്ട ഇപ്പൊ തറബിൾ ഇഫാദ ഹിമത്ത് ഉണ്ടായാൽ പോരേ ഇഫാദിമോട് ഇങ്ങോട്ടിപ്പിക്കുന്ന ഏതാ ഹരിയക്കണ്ടിഫാദ ഹിമ്മത്തോട് ഇങ്ങോട്ടിപ്പിക്കുന്ന ഏതാ അതാണോ അതിനെ നിന്നോട്ടിക്കുന്ന തിരക്കിയത് باب لا بقدر كان لدي دفائن قلت لقد فيهم همت وان حالهم مغلله فتباكنك ان لا نستمي مراريكا هذا يقول لان تربيه الهمه والان حال دون استغاءن ما تلاططها ايها اترى لي نظر لي بر الهمه و تربيه تناولا كتب المكالمات فكيف قد اكملها ولا بما قام الى مقام فلا من حال الى حاله उन भगवान मर्यादा पुरुषोत्तम हरि सत्ताली सरकार जी सत्ता दिलता है विरोधी तो बड़ा आयु करके मिनस्त्रों की गिरल्पनाई बना سلوک जो तेरे को नफायले करता ना वादा मिनलपनाए के बकायरे बचता ना बिना बितरबियतिल मका तर्फीतिल मका ल नमन हिम्मत हाले बड़ा वहन इस्तलाह وإن راهب الاستغارى الخلวะ ترتيبا الاولادي اوراضي بناء سلم مالن اني انتا الا نجي اطلاعو بكتب حنبه للكلتر اوراضي بكتب نيانو ان عدم ممكن يا يقول انا ما ممكن لا وسلم عليه اني انتا ادو مرجيه مرجيدا ജനങ്ങളെ കൂടെ കൂടി അറബ് അഹബിയ അതുകൊണ്ടെന്താകും അങ്ങനെ നടത്തും അപ്പോ തറബിയത്തിന് എന്തില്ല ഹൽബത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ അതിനെ ചുരുക്കത്തി പറട്ടെ സെയ്ഫുത്ത് അറബിയായും അബദൻ ഒരിക്കലും മുടങ്ങൂല തറബിയും ഹിമ്മത്തിൽ മക്കാലി വലിസ്ഥ ഒന്നും മുടങ്ങൂലാണ് ഹിമ്മത്താലുണ്ടെന്ന് അങ്ങനെ കിട്ടും അല്ല ഒന്നും മുടങ്ങുന്നില്ല എന്നാ പിന്നെ ഒരുപക്ഷെ അലറമി എന്താക്കിയിട്ടുണ്ട് ഊപരകാലത്ത് അങ്ങനെ ആയിപ്പോയി അന്ന് അക്കാലത്ത് മാത്രം പറഞ്ഞത് വേറെ കാലത്തേക്ക് കൂട്ടാൻ പാടില്ല എന്നാണ് അലറമി അടക്കിയിരുത്തി കഴിഞ്ഞിട്ടു അന്ന് അലറമി പറഞ്ഞു ഊപ്പറകാലത്ത് അങ്ങനെയായിരുന്നു അന്ന അക്കാലത്ത് മാത്രം പറഞ്ഞടാം വൈദ വൈദാക്കാൻ തെക്കല്ല അലാമാനീ അലറമിക്ക് ഊപ്പറകാലത്ത് വെളിപ്പെട്ട അനുസരിച്ച് പറഞ്ഞു എന്ന് വെച്ചാലോ വലാൽസും അമൂപ്പും ശേഷത്തെയൊക്കെ നടപ്പിലാക്കാൻ പാടില്ലല്ലോ നമ്മുടെ അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി കാരണം എപ്പോഴും ആരാധകരമോ നിങ്ങൾ അറിയാത്ത പരീതി അന്നാമത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സെയിൽ സൈക്കിത്തരും നടന്നിട്ടില്ല അന്ന് എത്ര പഠിച്ചു വെച്ചിട്ടുണ്ട് അറിയിക്കുന്നു പഠിച്ചല്ലേ നിങ്ങൾ വന്നിട്ടില്ല പഠിച്ചല്ലോ അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞല്ലോ പഠിച്ചിട്ടുണ്ടോ െന്ന് പറഞ്ഞലി നമുക്ക് ആയത്തെ നാം അറപ്പിക്കുകയാണെങ്കിൽ അതിനെ തത്യമായതോ അതിനേക്കാളാണ് സൈറിനെ പകരം കൊണ്ടുവരുന്നില്ലേ എന്തോ പറഞ്ഞ് ആ ആരെന്ന് പറഞ്ഞു കാലം ഹിബി വലിയ ഏതൊരു വലിയ മേൽപ്പിക്കുകയാണെങ്കിൽ അതിന് തത്യമായതോ അതിനേക്കാളും സൈറായ വലിയ പകരമാക്കിക്കൊണ്ടിരുന്നു എന്നാൽ പറഞ്ഞില്ലേ അപ്പോൾ എല്ലാ കാലത്തേക്കും അനസുര ഇന്ന കാലത്തും നടക്കില്ല ബക്കാല അറിഞ്ഞ ഉമ്മത്തിൽ മത്തർ എന്റെ ഉമ്മത്ത് മഴപോലെയും അതിന്റെ അവസുരാണോ എന്ന് അറിയില്ല മലപോലെ തന്നെ ചിലപ്പോൾ ആസുരണ്ട സൈതു ഒക്കാല തൈരത്തിന്റെ ഉമ്മത്തി അവസാന കാലത്ത് കർബറ്റേഖന്മാർ പൂർവ്വമാവുന്നു നടുക്കോ നടുക്കോളും നടുവിൽ ചിലപ്പോ കടന്നല്ലാ നല്ല ഇക്കാമബിറാമിനോട് പറയുന്നു ജസഹാബി ഹിഅറെ കൊണ്ട് അവസാന അപ്പൊ ഈ പറഞ്ഞിടത്തോളം പതി പ്രത്യേകിച്ചും വായിച്ച് ഇപ്പൊ അകൂചരണം ഉണ്ടായിരുന്നൊക്കെ ജയിക്കുന്നു സാധാരണ വാങ്ങി കേൾക്കുകയും ചെയ്ത് ഫോട്ടോസ് കേസിൽ മരിക്കുന്നവരെ കച്ചവടം ഉണ്ടാവും ആരാ ഇല്ലാന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പറഞ്ഞാല് കൂട്ടിക്കുക സർവീസ് ശേഷന്മാർ അവസാന കാലും പറഞ്ഞാളാര് ഏത് ഓഫീസിൽ നിന്നാണ് പറഞ്ഞത് ചെറുപ്പ ഉദ്ദേശം ഏത് നടത്തിയിട്ട ഉദ്ദേശിക്കുന്നു തൊണിത്തടിക്കാൻ വരുത്തോ അല്ല ഹിംമത് ഹാരോ അല്ല ഫൽവത്തോ ഏത് നിറഞ്ഞിട്ട ഉദ്ദേശിക്കുന്നു സാധിക്കാ വനിതന്മാർ ഏത് കാലത്തുണ്ടോ ഏത് കാലത്തോ ആന നിർവാഹനം വെച്ചു ദൗതിയത്തിൽ ആകെ ചെറുപ്പം നിരോധനത്തുണ്ടാക്കട്ടെ ുംബ്ബാനി എന്റെഹ്വാനികളെ നിങ്ങൾ കണ്ടാൽ ഊഹം ഇസ്സലാം എന്റെ മക്കൾ നിന്നുള്ള സ്ഥലം അവരോട് ഓതണം എന്ന് പറഞ്ഞു തങ്ങൾ മനുഹ്ബാനിന്റെ തങ്ങൾ ഇഹ്വാനികളായിരുന്നു നമ്മളല്ലേ ഞാൻ ഈഹ്വാനിക്ക് നമ്മളല്ലേ കാല തങ്ങൾ പറഞ്ഞു അൻതും അൻസ്വാനി വസാബി നിങ്ങളുടെ പേര് അൻസാരികൾ അസഹാബിമാർ എന്നാണ് ഇഹ്വാനി എന്ന് പറഞ്ഞ കാരണക്കോമൻ ഒരു കൗമാന എഴുത്തുകൊണ്ട് ഹിമ്പാതിക്ക് ശേഷം വരാൻ പോകുന്നേ യൗമിനോ ഞറോനി അവർ എന്നെ കൊണ്ട് വിശ്വസിക്കുന്ന എന്നെ കണ്ടിട്ടില്ല അതിൽ നിന്ന് അമൽ ചെയ്യുന്നവർക്കുണ്ട് എഴുപതാട ഗോലിയുണ്ട് എന്ന് പറഞ്ഞു ഏത് എഴുപതാടെ കാലോ രാമീന മിന്നും അക്കൂത്രത്തിൽ നിന്നുള്ള എഴുപതാടെന്നാണോ നമ്മളെ പുറത്താക്കുള്ള എഴുപതാന്നാണോ കാലോ അജുറുസീന മിൻസും നിങ്ങളിൽ നിന്നുള്ള എഴുപതാക്കളുടെ ഗോലി അപ്പൊ സഹായ ഭക്തനാക്കാൻ എസ് ഗുഡ് ഡിഗ്രി അസിൽ കിട്ടുന്ന ആളുകൾ ഇനി വരാൻ പോകുന്നുണ്ടാവും അറിയിച്ചത് അവിടെ ചേട്ടത്തിന്റെ നീലാ ചോദിച്ചത് മാതായ നമ്മളെ കൂട്ടത്ത് എനുതാക്കണ്ട പ്രതിഫലപ്പെട്ടു കൊണ്ട് കാളെ ഇന്നും ഒരക്കും അനൽക്കാരിയാവാനാ നിങ്ങൾക്കിന്ന് ഹൈറുമ സഹായിക്കാൻ അളപ്പിച്ചു എന്നാ വരാൻ പോകുന്ന കാലത്ത് മുഖം ഞാൻ ജയിച്ചു ഞാനി ആവാൻ കാര്യങ്ങൾ സഹായിക്കാൻ അതുപോലെ ചെയ്താളെ ജനുവന്നല്ലാണ്ട് ആരും ചെയ്യുന്ന പ്രേരിപ്പിക്കുന്ന ആളില്ല അക്കാലത്ത് കൈതീലില്ലയോന്ന് പഴയകാലത്ത് പല കണ്ടുപിടിക്കാനുണ്ടായിരുന്നു ഇന്നതല്ല ഇത് തമുഴപ്പിനാ കൂടുതൽ അതെല്ലാം തട്ടി മാറ്റി പിടിച്ചു പിന്നില്ലേ വളരെ ആഴത്തിൽ ചുരുക്കത്തിൽ പറയാ ആൾക്കും അറിയത്തിന് എല്ലാം പിടിച്ചിട്ട് അന്ന നൂറൻ നുപൂപത്തെ ഫിസിയോളി രാഷ്ട്രീയത്തിന്റെ നൂറി ചുരുങ്ങുന്ന പ്രശ്നം എന്നെ വേറെ ി ഹിന്റെ കാലത്തിന് ശേഷം കിട്ടിയിട്ടുണ്ട് അഫീ സമാന്യമൂപ്പറ കാലത്തിനെയുണ്ട് നിജാരികളുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു വെച്ച ആളാണ് ഇത്തിപ്പാസുകൊണ്ട് ആര് ഹസ്വാനി തലദി ഹബത്തി മലദോബ് സർത്തി യൂസഫുൽ അബ്ദുറഹ്മാൻ ഉൽ ഫാസി മുഹമ്മദ് ബിൻ അബ്ദുല്ലേ അക്കൂട്ടത്തൊന്നും കമാലില്ലായിങ്കാറാക്കലും ആ തറബിയും ഇല്ലെന്ന് പറയുമ്പോൾ മുക്കാപ് വസ്തുവിൽ സത്യത്തിനോടുള്ള കണ്ടെടുത്തലാണ് ഇവർക്ക് ദീപം തർബിത്തിന് വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്നുകൊണ്ട് ശേഷം തർബിയ ചേച്ചാ അന്റ ജില്ല ആരായിരുന്നു നമ്മുടെ ഉദ്യോഗം അതൊക്കെ മൊത്തം ചോദിച്ചല്ലോ നിങ്ങൾ കാലോ കഴിഞ്ഞിട്ട് നൂറ്റി എഴുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ആരുന്നത് അന്തുൽക്കാലം ജില്ലാ ഓമ്പൂർ വെറ്റോ വെച്ചൂലായിരുന്നു കുടുങ്ങിയിലെ അന്നാപിന് അറിഞ്ഞിട കേൾക്കന്നു അത് അഞ്ഞൂറ് രൂപ കുറച്ച് കുഴമ്പത്തേക്കും അമ്പത്തരങ്ങൾ പോകുന്ന ചെറിയ കുറഞ്ഞ പെച്ചോ വെച്ചില്ല അതുകൊണ്ട് അത് ആയിരത്തി ഇരുന്നൂറ്റേക്ക് ഇരിക്കാത്തത് വല്ലാതെ വില്ലായി മിനത്തായിരിക്കും അവലിയായില്ല അറുനാളിന്റെ അവലിയാക്കറമ്പത്തിരുന്ന് പെച്ചൂല എന്നോട് കുറ്റം പറഞ്ഞത് ഞാൻ ലാവണത്തെന്ന് പോട്ടെ വക്കത് അതിടത്തിനാ വലുഷന്തില്ല നമ്മൾ എത്തിച്ചിട്ടുണ്ട് അള്ളാഖ സർവസമിതിക്കാലത്ത് തന്നെ പറഞ്ഞ് ആയിരത്തിഅറുന്നൂറിന് ശേഷാമത്ത പറയും കളയും വിചാരൻ കൊറേ റിചാരം ഞമ്മൾ കണ്ടിട്ടുണ്ട് അടൽ കമാൽ തറബയത്തിന്റെ മടുന്ന എല്ലാ ചെറുപ്പം ഒത്തിട്ടുണ്ട് കമാലോടുകൂടി എത്തിയിട്ടുണ്ട് എങ്ങനത്തെ നബീ ഹിമത്തിൽ വലിയ ഹിമത്തോടെ നല്ല ഹാലോടെവർ ഹാലിൻ ومكار الله نبارونا، ملعين روابنا الله عارفين عبر ودي عارفين العيد النور راتقين كاملين تخرج على عيدهم خلق غفير عبر قيان دانوانا مالذال كورث بورتاكت فورتلنجتن واندفع بههم جمع غفير عبر قدر ووالاك بغالدهم بطيتن فشا ولكن من كان خفاشا لا يسقط يوم بسر سواع النور കുപ്പാശായിപ്പോയിപ്പാശിൽ പോയത് കടവാദി നിങ്ങൾക്ക് സൂര്യപ്രകാശം കാണാത്തതിനാ ഉത്തരവാദി വൈറമുള്ള കത്തും അത് കണ്ടിന് റമത് ബാധിച്ചാൽ സൂര്യപ്രകാശത്തിന് നിങ്കാവാക്കും മാത്രമല്ല നാവിന്ന് രോഗം ബാധിച്ച പച്ച കൊണ്ടത്തിന്റെ രുചി എന്താകും അതിനുചിയായി തോന്നിപ്പോകില്ലേം ഞാൻ ലൈലാൻ ഒരുപാട് കുറ്റം പറയുന്ന ആളുണ്ട് ലൈലാനുണ്ട് ഇവലാനെ കാണാൻ ആളെങ്കിലും പറഞ്ഞു കുറ്റം പറയുന്നു പക്കാലത്ത് ഹെറുമാൻ പറഞ്ഞത് ലൈലാനെ കാണാൻ കഴിയായിട്ട് ഹെറുമാൻ ആത്മകമാർപ്പാട്ട് അവിടെ കാണാൻ കയ്യായിട്ടും എന്നെ മതിയോ സിറ്റു അയച്ചു അവിടെ കാണാൻ കഴിയിട്ടില്ല എന്നെ അതെന്നെ സിറ്റു ആയിട്ട് മതി പറഞ്ഞു അപ്പൊ അടുക്കള വിട്ട് ഇല്ലാണ്ട് അങ്ങാടി വെച്ചിട്ട് കണക്കാതെ ശേഷില്ല ശേഷം ആ ജീവനോ ഇങ്ങനത്തെ ആരെന്നെന്തായി ജീവകസ് കൊണ്ടാണെന്ന് ഞമ്മക്ക് കിട്ട സറ്റിഫിക്കാൻ ഏറ്റവും വലുതും قال <تصفيق> ابن دليل باب ركط قالته بان الروامه من خارج بالاختسابي اسما وصارت الروامه في استلاحهن نارل... الذى ادى له في اصلاحه نظن ذراعين للباب عن مفتاحهن ൻ രണ്ടാമത്തെ പാർട്ടി പറയുന്നത് അവർ പറയുന്നു ബിഅൽജിൻ ബിസാബി അസ്മാന്റെ ഹരികാരി പുറമേ നിന്ന് ഒരുപാട് അറിവുകൾ ആദ്യം ശേഖരിക്കണം അതാണ് ഏറ്റവും അനിവാര്യം എന്നാൽ നിങ്ങൾ തെളിയിച്ചിട്ട് ഇങ്ങനെ പോലീറ്റ് അപ്പൊ വെള്ളം പീത്തലും ഉണ്ട് കണ്ണ് കുഴിച്ചിട്ട് ഡ്രില്ലെ വെള്ളം എടുക്കലുമുണ്ട് ടാങ്കിയിലെ വെള്ളം എങ്ങനെയാന്ന് പോത്തുനിന്ന് അടിച്ചിട്ടുണ്ട് ഓർക്കലല്ലേ കണലിലെ വെള്ളം എങ്ങനെയാന്ന് ഉറക്കലല്ലല്ലോ ഉള്ളത് ഇങ്ങനെ കുഴിച്ചു ഇപ്പോൾ ഈ ടാങ്കിയിൽ ഇറക്കുമ്പോൾ ഉറക്കണം ഇവരും ഉറക്കുന്ന ഒരുപാട് ഇൽമുണ്ടാക്കണം ഇവിടുത്തേക്ക് ഇറക്കുമതി ചെയ്യും വഷറത്തു അതുകൊണ്ട് അവർ ഷർത്താക്കുകയാണ് അൽ രുരൂമ കുറെ റുരൂമുകൾ ആദ്യം പഠിച്ചുണ്ടാക്കണം എന്നാണ് ഷർത്താക്കുന്നത് ഇസ്ലാഹി അതും അതിന്റെ അർത്ഥം തന്നെ ഇത് കാരണം ലാഹിനിൽ ഒരു വാതിലിന്ന് കൂടാണ്ട് കഴിയോലാ നിഷ്താഹി താക്കോലില്ലാണ്ട് അതിന്റെ വാതിൽ ഓർക്കാന്ന് ചോദിക്കുന്നു അതുകൊണ്ട് അപ്പൊ എന്തെല്ലാം മിൽമ വേണ്ടത് അതുകൊണ്ട് നമ്മുടെ ഈ വിഷയത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ആഗ്രഹം പറ്റൂല മാലം തക്കും നാല് വിധത്തിലുള്ള അറിവ് കൂടാണ്ട് കഴിയൂല നാല് അറിവ് എന്തൊക്കെ ലാത്തസിഫാത്തിന്റെ അറിവ് കോടാം അതാണ് അക്കീല അള്ളാഹുവിന്റെ ലാത്ത് സിഫാത്തുകളെ സംബന്ധിച്ചുള്ള അറിവ് പുറമേ സമ്പാദിച്ചു വരണം എന്നാണ് ഒരറിവ് രണ്ടാമത് ഹദീസ് ഹാലാത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകത അറിയി കുണ്ടാകുന്ന ഹാലാത്താണല്ലോ തവക്കല് സുഹദ് മഹബത്ത് സബുർ ശുക്രെന്നൊക്കെ പറയുന്ന എന്താന്ന് ഹാലുകള അതിനെപ്പറ്റിയുള്ള അറിവ് വേണം ഹദീസുകളെ സംബന്ധിച്ചറിവ് വേണം പിന്നെ ഷിഖിനെ സംബന്ധിച്ച് അറിവാണ് അക്കേരി ഉണ്ടായിരിക്കണം ഈ നാല് വിധത്തിലുള്ള അറിവ് പുറത്തു പഠിച്ചിട്ടേ വന്നാലേ എടുക്കൂന്നു ഓർവായിരുന്നു അല്ല ഫിഷിന്ന് ഇരുത്തിഹാദിയായുസിയാത്ത പഠിച്ചാൽ അതിന്റെ ആശല് തന്നെ പഠിക്കണമെന്ന് പറയും അപ്പൊ ഈ പറയുന്നുണ്ടല്ലോ ഇനി അല്ല ഇതിനെന്താ പേര്ഹാൻ എന്നാണ് പറയുന്നത് മറ്റേ തരീക്കത്തുൽ തസ്വീസ് എന്നല്ല മറ്റേ വഹിയ ഈ തരീക്കത്തുൽ ബുർഹാൻ ആദിക്കാണ് നല്ല ബോധവാനായി ദൃഢനിശ്ചയത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആദ്യം ശരിയാവുന്നു അതെന്ന് തന്നെ അറിവിച്ചിട്ടേ വരുണ്ടോ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ പങ്കെടുക്കാൻ തന്നെ കേട്ടണമെങ്കിൽ തന്നെ ആദ്യം ഈ കുഴിച്ചു പോകണമെന്നല്ലോ അറിയുന്നു ഇസ്ലാഹാണോ അപ്പൊ ഇസ്ലാഹിമെടും ഇസ്ലാ ഹാസലാദ് ചെറുത്ത് വെച്ചു ലാഹിറേതാ കണ്ണ് ഏഴംഗങ്ങളാണല്ലോ രണ്ട് കണ്ണ് പിന്നെ നാവ് രണ്ട് കൈ രണ്ട് കാലയും പത്തിനും കുറഞ്ഞ് എല്ലാം എല്ലാ ദോഷം കൊടുത്ത ഒരു ശുദ്ധൻ അത് ശരിക്ക് ഷറൈൻറെ വന്നോട് നടക്കണേ പടി രേച്ചു അവനൻ ആ ഇല അതിനെ ചികിത്സിക്കാനും കമല ഇലാജിൽ ബാത്തിൻ ഉള്ളു ചികിത്സിക്കുന്നതിന് മുമ്പായിട്ട് പുറമേ ആദ്യം ചികിത്സ ഇരിക്കണം എന്നൊന്ന് ഓർപോക്കിസ് ആ വിഭാഗം പറയുന്നു إن التقساب العلمي من الخارج أسماء أعم معرفة أرب صعوب أعلمون ها भाईले अले आरा आइदले अमिने صناते अयना वदु अस्ماءനെ ముస్మిఫ్ వర్నే మిన్ ఖారిజి మిల్ ఇతిసాబి అస్మా అస్మాన్ అర్తందా ఐ అర్ఫుబ అఅలమున్ ഏറ്റവും ഉന്നതമായ പുറമെ സമ്പാദിച്ച് വരവാണ് ഉള്ളിൽ ഇനി എപ്പോഴും കിട്ടും ഇനി ഇങ്ങനെ കാത്തു നിന്ന് സംഗതി നടക്കൂല അങ്ങനെ കേട്ടെ അതാനുള്ള പറഞ്ഞ അതുതന്നെ മറിയം ബിബിക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ട് ഖുർആാനിലുണ്ട് അത് അല്ലാ കൊടുക്കാനെങ്കിലും അതും കാത്തു ഞാൻ ഈ റൂമിലിരിക്കാ അല്ലെങ്കിൽ അന്നാലക്കി മിന്നിൻ കാല അന്നാലക്കി മെഹ ഈ അല്ലാ മറിയം ബിബിക്ക് കൊടുത്തത് കിട്ടട്ടെ കാത്തു സംഗതി നടക്കൂല ഉടനെ പോയിട്ട് പോന്നു ഭക്ഷണം വാങ്ങിയത് എന്തോളി വിഷമത്തിന്ന് പറഞ്ഞ മല്യ അച്ഛന് ശരിക്കുന്നത് എളുപ്പത്തിലാവൂലോ അറിവ് സമ്പാദിക്കൽ അത് ദവാൻ അത് മരുന്നാണ് വസിഫാവൻ അത് രോഗ ചികിത്സയുമാണ് ലാഹിറായ രോഗങ്ങൾക്ക് അറിവ് മരുന്നും ഭക്ഷണം എല്ലാം കൂടിയാണ് അത് ആദ്യം കൂടിയായേ رحل قوله عليه الصلاة والسلام ورينو العلم إمام والعمل تابعهون علمان نظر ما معنقل عملان دانا إلا تابع آدم وهو معنى آدم وإمام نظر ما معنقل اخطر له وعذي لالهاديث قال رسول الله صلى الله عليه وسلم تعلموا العلم رسول مدلعي مدلعي مدلعي مدلعي مدلعي مدلعي مدلعي. قال رسول الله صلى الله عليه وسلم حديث نارل لديه إذا العلم إمام والعمد تابعه عندما ورنا حديث بوكيه للا أنه طلق مدل أبرا وره قال رسول الله صلى الله عليه وسلم تعلموا العلم فإن تعلمه خشية وطلبه عبادة ومذاكرته تسبير ومذاكرته ിഹാദുംഹുൽഹു നിങ്ങൾ ഇൽ പഠിക്കുകയും അത് പഠിക്കൽ ഹസീയത്താണ് ഭയഭക്തിയാണ് അത് തേടലോ അത് ഇബാദത്വാണ് എവിടെയാണ് ഇന്ന് ഇൽമ എവിടെയുണ്ട് തേടി പിടിക്കുന്നു അത് പരസ്പരം ചർച്ചയ്യൽ തസ്മീഹാണ് വൽബഹി അതിൽ ആഴത്തിൽ ഇറങ്ങലെന്താ അത് ജിഹാദാണ് അതറിവില്ലാത്തവനെ പഠിപ്പിച്ചു കൊടുക്കൽ ചതക്കയാണ് അതിനെ പറ്റിയ ആളുകൾക്ക് അതിന് വിതരണം ചെയ്യൽ അത് കുറുമത്താണ് അടുപ്പിക്കുന്ന കാര്യമാണ് വേദിച്ച് മനസ്സിലാവാനുള്ള ഒരു കൊടിമരമാണത് ജന്മ ത്തി സ്വർഗ്ഗത്തിന്റെ അധികാർക്കുള്ള മനാറാണ് ലൈറ്റ് ഹൌസിന്റെ മനാർ ിൽ വഹി ഷ ഏ ഏകനായിരിക്കുന്ന അവസരത്തിന് ഒരു കൂട്ടുകാരനാണ് അവൻ ഒരു കിട്ടാത്ത വായിച്ച സമീപം അറിയില്ല പരദേശിയാകുന്ന അവസരത്തിൽ ആരും നമുക്ക് സഹായിക്കാനൊന്നുമില്ല എന്നാൽ അവർ കൂട്ടുകാരനാണ് വൽഫിൽ ഹൽവത്തി ഹൽവത്തായ സ്ഥലത്ത് നമ്മളോട് സംഭാഷണം നടത്തുന്ന ആളാണ് വന്ന സന്തോഷത്തിനും സന്താപത്തിനും ഒക്കെ വഴികാട്ടിയാണ് ശത്രുക്കൾക്കെതിരെ ആയുധമാണ് കൂട്ടുകാരുടെ അത് ഭംഗിയാണ് അല്ലാഹുത്താൽ അത് മുഖേന ഉയർത്താറുണ്ട് വിഷയത്തിൽ അവരെ നേതാക്കന്മാരാക്കാറുണ്ട് എങ്ങനെയുള്ള അയിമത്തുകളാണ് തുക്കസ്വാസാറുഹും അവരുടെ ആസാറുകളെ പിമ്പറ്റപ്പെടും അവ പ്രവർത്തനങ്ങൾ മാതൃകയാക്കപ്പെടും അവരുടെ അഭിപ്രായങ്ങളിലേക്കാണ് അറ്റമാകുന്നത് പറഞ്ഞു തോന്നുന്നു അവരോട് സൗഹൃദബന്ധം പുലർത്താൻ മലായിക്കത്തിന് വലിയ ആഗ്രഹമാണ് അവരെ ചതകുകൊണ്ട് അവർ തടയിക്കൊടുക്കുന്നു ജസ്റ്റ് ഓഫീർ ഉലകം കൊല്ലുറത്തു വരാസിൻ എല്ലാ ഉണക്കും പച്ചയുമായ സാധനങ്ങൾ അവർക്ക് വേണ്ടി ചെല്ലുന്നു മഹീത്താനുൽവാഹു ബഹരിനുള്ള മത്സ്യവും മറ്റുള്ള ജീവികളും സിബുൽ അൻഹും അല്ലം അന്നൽ മ ഹയാൽ കൊലോബിൽമെന്നുള്ളത് അൽബിൻ്റെ ഹയാത്താണ് ജഹലിന തൊട്ട് ടത്തുട്ടിട്ട് കണ്ണിമുള്ള വിളക്കുകളുമാണ്മേനെ സജ്ജനങ്ങളുടെ മൻസിലയിലേക്കൊരു മനുഷ്യരുന്നു അതിൽ ചിന്തിക്കുന്നത് നോബിന്റെ തുല്യമാണ് അത് ദർശന നടത്തൽ എന്നതാ സിയാമിനോട് തുല്യമാണ് അത് മുഖേനിയാണ് ചാർച്ച ബന്ധങ്ങളൊക്കെ ചേർക്കപ്പെടൽ ഹലാലും ഹറാമും അത് മുഖേന തുടങ്ങി വെച്ച് അരിച്ചേക്കെത്തി അമലിന്റെ ഇമാമാണ് ഇമൽ താബിയാണ് സൗഭാഗ്യവാൻമാർക്കാണ് ഇൽമിന് അല്ലാഹുത തോന്നിപ്പിച്ചു കൊടുക്കുന്നത് വൈഹരിമുഹഷ്ടിയ ഷാഫത്തല്ലാണ്ടല്ലോ സൗഭാഗ്യമില്ലാത്തവർ അതിന് അവരെ തൊട്ട് അള്ളാഹുത്തറ തടയുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇൽമിന് വളരെ പ്രാധാന്യമുണ്ട് എന്നാണ് പറഞ്ഞു വന്നത് സക്കാൻ മന്ത്രി ി വന്നുകൊണ്ടണം എന്തുകൊണ്ട് താക്കോൽ അതാണ് അതാണ് ബാത്തിനായ ബാദി തുറക്കണം എന്ന് താക്കോലിന്റെ രണ്ട് ബന്ധുലാ എത്തു പറഞ്ഞു അതിലേക്ക് അല്ലിൽ ശരി ശരിയത് എന്നുള്ളത് ബാബുൻ അതൊരു വാതിലായാൽ വൽ ഹക്കൈക്കത്തു വൈത്തുൻ ഹക്കൈക്കത്ത് അതിനപ്പുറമുള്ള വീടാണ് ശരിയത്തൊരു വാതിലാണെങ്കിൽ ഹക്കൈക്കത്തിന് വീടാണ് വല മധു അണിൽ വൈത്തിനില്ലാമിമ്പി വീട്ടിലേക്ക് കയറണമെങ്കിൽ വാതിൽ കൂടിയ കയറാൻ പറ്റുന്നു വാതിൽ കയറക്കണമെങ്കിലും താക്കോലും വേണം താക്കോലാണ് ൂത്തം മിന്നപാദി ഹ എല്ലാ വീടുകളിലേക്കും അതിന്റേതായ വാതിൽ കൂടി കടക്കണമെന്നാണ് കല്പനയുള്ളത് അപ്പൊ ഹീക്കത്താകുന്ന വീടുകളിലേക്ക് ശരീരത്താകുന്ന വാതിൽ കൂടി കടക്കണം വാതിൽ തുറക്കണമെങ്കിലോ കാണണം അപ്പൊ പഴയത്തിന്റെ ഹക്കീക്കത്തി അപ്പൊ ശരീരത്തിന്റെ ഇൽമ് ഹീക്കത്തിന്റെ ഇൽമിലേക്കുള്ള താക്കോലാണ് മന്നത്തൽ ബാബ ബിലാമിഹിൻ താക്കോലെടുക്കാതെ വാതിൽ വന്നാൽ दुण दुण इल्ला बाद ും അതുകൊണ്ട് കാര്യങ്ങൾ എംഎലേക്ക് ഇത്രാഴ്ചയിലും അറിയലും ഹക്കീക്കത്തിൻമിലേക്ക് ഉപകരശിക്കലും ആഗ്രഹം വെക്കണ്ട ഇഹസീൽ നാല് ഇൽമ കൂടെ ഉണ്ട് കഴിയൂല അതാണേത് അറബത്തി എന്തെല്ലാം ഒന്ന് സംബന്ധിച്ചുള്ള ഇൽമത്ത് അള്ളാഹു അവന്റെ അസ്മാകളെ സംബന്ധിച്ചുള്ള അറിവ് അതിനെത്ര വേണ്ടത് അതിലൊരു അഗാധ പണ്ഡിറ്റ് വേണ വേണ്ട ജവഹർദ്ദിയന്നെയല്ലോ ജവഹർദ് എല്ലടങ്ങിയല്ല അതിൽ വിശ്വസി മതിഹൂദൂായ ദാത്താകുന്നു അതാണ് അതിൽ വരണം കദീമത്താണ് വരണം ബാക്യത്താണ് എന്നും വരണം മുനസ്സഹത്തും എല്ലാ ലക്ഷകളെത്തോട്ടും വരണം എല്ലാ സിഫത്തും പൊട്ടി മുത്തസിഫത്തും കമാലാത്തിൽ ഇരുന്ന് മുതലാ മുതല അതുകൊണ്ട് മുത്തസിഫാണെന്നും ശരിക്ക് അറിഞ്ഞുകഴിഞ്ഞാൽ വാജിബു മുസ് പഠിച്ചു അക്കീത് ശരിയാക്കി ലൈഫി അതിപ്പോ ഇപ്പ അക്കീത പഠിക്കണ്ടുമ്മിപ്പം മുസ്ലിം ആയ എന്താ അക്കീത പഠിക്കണ്ട അക്കീത പഠിക്കണ്ടെന്നായികള് പറഞ്ഞത് അക്കീത പഠിക്കേണ്ടല്ല മുസ്ലിം ആയി ഓന എണ്ണാൻ വേണ്ടി പുതിയ ചാഹത്തേമേണ്ടേ പറഞ്ഞുള്ളൂ അതൊരു പഠിക്കേണ്ട കാര്യമൊന്നും പഠിക്കണ്ടതിന്റെ അർത്ഥം വരൂല അങ്ങനെ തിരിച്ചുപോയി മുസ്ലിമായി ഇപ്പാക്കും ഉമ്മക്കും താപയില്ല എന്താ ഒരു കുട്ടി ജനിച്ചാൽ നീ മുസ്ലിം അവിടാന്ന് പറഞ്ഞിട്ട് പുതിയ ഇസ്ലാം ഉണ്ടാക്കേണ്ട സാഹചര്യം എനിക്ക് കൊടുക്കണ്ടെന്നേ വരുള്ളൂ കണ്ടു ഒന്നുന്റെ കാര്യം പഠിക്കണ്ട അക്കീടെ പഠിക്കണ്ട അനിച്ചിരിക്കാനും പഠിക്കണ്ട ഒന്നും പഠിക്കണ്ട നീ ഒന്ന് നടന്നില്ല ആ ശുഭഹാത്ത അപ്പം അതീതി പോകുമല്ലോ താപിയാകൽ എപ്പൊന്ന് താപിയാകാൻ ഓനെ കൊള്ളണം ആരെ ഒപ്പാൻ ഉമ്മാനിയും നിനക്കട താപിയാക്കാൻ മാത്രം അപ്പണ്ടേ അതോടൊപ്പം തന്നെ ഇവനിക്ക് പുരോഗതിന് ശേഷം ശുഭഹാത്ത് കിടങ്ങാനും പാടില്ല അപ്പൊ തപിയത്ത് പോയി പുരോഗതി ശേഷം പെയ്റ്റില്ല ഗൃഹം ഭാഗം തല്ലോ ബാധിച്ചിട്ടും പ്രശ്നവും കേട്ടിട്ട് എന്താക്കിയോ എനിക്ക് ആദായി വന്നു എന്നാലും ഉമ്മിയപ്പി മുസ്ലിമാണ് ഞാൻ മുസ്ലിം എന്ന് പറയുമ്പോൾ പറ്റുന്നു മുലുവ എന്നതുവരെ എല്ലാ കാര്യങ്ങളും നടത്താൻ എന്തേകൊണ്ടും തവയ്യത്തിയ കൊണ്ടും അതുകൊണ്ടൊന്നും പഠിക്കണ്ട എന്ന് ഇമാവികൾ പറഞ്ഞിട്ടില്ല അങ്ങനെ ദൂരാക്കാനും വരൂലനി അങ്ങനെയാണ് വ്യത്യസ്ത തീർത്ത് ഒരു കൂട്ടർ പ്രവർത്തനം അങ്ങനെയാണ് ഇമാവികൾ പറഞ്ഞതെന്ന് പ്രവർത്തനം കണ്ടിട്ട് തെറ്റി തിരിച്ച് വേറൊരു കൂട്ടുന്നു ഇശ്ലാസ് വന്നു വേറെ കൂട്ട് തഫലീസും വന്നു രണ്ടും തിക്കോ കുട്ടികളെ താമിയാക്കാൻ ഉമ്മയോ ഒപ്പയുമോ രണ്ടാമത്തെ സഹിക്കത്ത മുസ്ലിം ഇസ്ലാമിക്കാതെ താമിയാവും അവരെ മുസ്ലിമായി കണക്കാക്കും മുസ്ലിമായ പൊള്ളിന് കണ്ടിച്ച് കൊടുക്കും പള്ളി കയറ്റും മെമ്പർഷിപ്പ് കൊടുക്കും എല്ലാം അതേ അവസരം പഠിക്കേണ്ട കാര്യം പഠിക്കാണ്ട് അതിന്റെ ഉപ്പ ഫീമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാവില്ല അതെന്തുക്കൂലെന്താ സീരോടുപ്പിക്കാതെ ഞായറേറ്റും പറയുന്നു തോന്നുന്നു അതന്നെ ഓരോ സ്ഥലമാണ് മണിക്കണ്ടാവും പണ്ടും പണ്ട് കിട്ടുന്ന മതി പണ്ടും പണ്ട് എടുത്തോട്ടി സ്വയം മനസ്സിലാക്കിയ മൂന്നാമില്ലാണ്ട് മനസ്സിലാക്കിയാൽ ഈ മസാല പൂർത്തിയാകോ ബുദ്ധിക്ക് ഒരു പരിധിയില്ലേ ഏടെ സ്വയം മനസ്സിലാക്കുന്നില്ല ഇനി പത്തലി വിടാൻ വേറെ സ്വയം മനസ്സിലാക്കി നോക്കില്ല ഇത് വട്ടൻ ചായ വെക്കാൻ വേണ്ടി മണിക്കണ്ടിട്ട് നമ്മക്കയച്ചില്ല സ്വയം മനസ്സിലാക്കി എന്തൊക്കെയാറിയ ഇനി ആയതാരെ സ്വയം മനസ്സിലാക്കിയത് ഒരു അളവോളം അവിടെ അല്ലേ അന്നാൻ അറിയണം അങ്ങനെ അറിയണം ശൈലിയിൽ കൂടി അറിയണം ആര് മുഖേന അറിയണം മുഹമ്മദ് മുഖേന അറിയണം അല്ല ഒരു വന മതി അവ ാണ് എന്നറിയണം അതിന്റെ കാര്യങ്ങളും അതിനുള്ള തെളിവുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇതിൽ കൂടി കിതാബിൽ കൂടിയും ചിഹ്നത്തിൽ കൂടിയും ഇതിലുള്ള തെളിവുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് വളരെ സമ്പൂർണമായി ماذا يفعل ذلك؟ أقوى أنه يفعل ذلك وإن أسعده الله ألحف الله تعالى ونكي بجيب تشعال برقاء شيخ كاملين كاملاء الشيخين كانت مختلفة وردو أن الله تعالى ذلك والكواليك صحباك أن الهيال رقّاه الشيخ جئت كولن إلاء يلمي اللذو وعتضاوك إن يلمي لك وفي بعض هذه تقرير مدينة لذلك مبرغوم ومنعنا لذلك مهور مردد എന്നിട്ടാണല്ലോ വൈസാദീന ബുർഹാൻ ആക്കിയാണ് കമാലാണ് ആരുള്ളത് എന്താന്ന് തക്കലീത് ബുർഹാന് ദോക്കുന്നവരെ അനുഭവിച്ചറിയല്ലേ തക്കലീതാക്കൽ എന്ന് പറഞ്ഞാൽ എന്താ വേറെ ആംഗീകരിക്കുക അതങ്ങതാ അവിടെ തീ പിടിച്ചിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞ് ആ പറഞ്ഞ് അംഗീകരിച്ചാൽ എന്തായി തക്കലീതായി ഓനെ കൊറേ അങ്ങോട്ട് പോയി നോക്കുമ്പോ ഫയർ സർവീസിങ്ങിനെ പോകുന്ന കാണുന്നുണ്ട് കട്ടിൽ മുട്ടി പുക ഇങ്ങനെ ഏഹ് എന്ന് കാണുമ്പോ എന്തായി ബുർഹാന് എന്നാൽ നോക്കായിട്ടില്ല ദൗക്കണ് അവിടെ പോയിട്ട് തീയെന്നു ഉറപ്പ് വരുത്തണം തോക്കുന്ന ചിലപ്പോ നോക്കിലേക്ക് ആവശ്യം ഉണ്ടാവൂല അത് ഹിസ്റ്റി ആയതുകൊണ്ടാണ് അവിടെ ദൗക്കിന്റെ മക്കാമ്പ വേറെ തീ കണ്ട തീർച്ചില്ലേ അവിടെ എന്തുകൊണ്ടാണ് നമുക്ക് മാസൂസായ ശാരതമായതുകൊണ്ട് മൂന്നാം പടിയിലേക്ക് ആവശ്യമില്ലാത്ത കൊണ്ടാണ് അവിടെ അന്ന് നടക്കുന്നത് എന്താ ഇതില് മധുരമുള്ള വെള്ളമെന്നൊരാള് പറഞ്ഞു നമ്മുടെ അഹലീതാണ് ചിലപ്പോ എന്താക്കും ബുർഹാൻ ഉണ്ടാവില്ല ബുർഹാൻ ഇല്ലാണ്ട് തക്കതി നേരം എന്താക്കി പൊട്ടിച്ചിട്ട് കുടിച്ചപ്പോ ആ ശരിയുടെ ദൗത്യം അപ്പൊ ഇടയിൽ ഏതില്ല ബുർഹാൻ അടയിച്ചില്ല ചിലപ്പോ ഇട്ടത് പഞ്ചസാരയാണ് പൻസാര പോത്ത കണ്ടെന്ന് തെളിവും പണിയും പറഞ്ഞിട്ട് എന്താക്കും ബുർഹാൻ ഉണ്ടാക്കും മൂന്ന് വർത്തവുള്ളത് കൊണ്ട് ചിലപ്പോ രണ്ടു വർത്തവം കൊണ്ടും അറിയാതെയുണ്ട് അപ്പൊ ഇൽമുൽ അതുവാക്കിലേക്ക് എത്തിക്കണമോ അതിലുരിച്ചറിയണമോ ഒരു ശേഷം കണ്ടുമുട്ടാത്ത കാലത്തോ നടക്കേ ചെയ്യടന്നാൽ എന്തുകൊണ്ട് ബസ് ഇടത്തോണ്ടല്ലോ ഉറക്കണ്ട അക്കിലുണ്ടല്ലോ ബസ്സിടുത്ത് ഉറക്കണമെങ്കിൽ എന്തുവാണോ ശേഷം കൂടിയേ വെച്ചുള്ളൂ തങ്ങുമൊരു ശേഷിയില്ല അതിന് ശേഷിന്റെ കമാൽ നിഷേധിക്കുന്നതിനാൽ മുരീദിന്റെ നുക്കു സ്വയം സമ്മതിക്കലാണല്ലോ ഏറ്റവും നല്ലത് കമാലുള്ള ആളില്ല എന്ന് പറഞ്ഞതിനാൽ നമ്മൾക്ക് നുക്കുസാൻ ഉണ്ട് എന്ന് പറയലാണല്ലോ കൂടുതൽ നല്ലത് അപ്പൊതുഹു അങ്ങനെ ശേഷിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തകരീദ് എന്നാൽ ശേഖനമുട്ടിയാലും എന്താക്കും മുറാനില്ലാതെ നേരെ ഒട്ടി കെത്തിച്ചോളും മഹത്തി വയ്യോത്തിച്ചോളും അപ്പൊ രണ്ടുണ്ടായി അൽമിത്തു മൂന്നാമത്തെ വേണമെന്നാണ് പറഞ്ഞത് നിസ്കാരെന്നോ മുതലായവ തെറ്റില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഇതക്കാനാത്തിന്റെ കണക്കത്തിലാണോ അപ്പൊ ഒരു പതിക്കാർ ശരി ഓരോ അതുപോലെ വേണ്ട മനസ്സിലാലും മതിയെന്നുവരും മുതർക്കുന്നു വേണ്ട അപ്പൊ അന്നപ്പോ അപ്പൊ സെക്കാത്തോ സെക്കാത്തു വേണ്ടേ അഥവാ സ്വത്തുള്ളവനാണോ എല്ലാവർക്കും ഉണ്ടാവില്ല താൻ എല്ലാം മഴ അനിയക്കി അപ്പൊ സ്വത്ത് ഉണ്ടായ എന്ത് കൊടുക്കണോ വേറെ പറിച്ചോട്ടെ ദിവസ എന്തേ കൊണ്ടു സലാത്തു സിയാമും ചിലച്ചില്ലാതെ അടുക്കാർ ചെല്ലാനുള്ള കാര്യമേ ണം വലാ യക്കതമോ അല മാ ഉമിറ അല അലാമാ ഉമിറ അല്ലേ അല അമ്പിന്നുള്ളത് അല അം എന്നിന്നു എന്തായാലും മാ ഉണ്ടാവില്ല വല യക്കതമോ അല അംബിമ്മാ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ മേലും ഒരു പാടില്ല ഇതിൽ അള്ളാഹുവിന്റെ വിധി എന്താണ് ഇതിൽ ഹരാമന്ത് ഹറാമെന്ത് ഇതിന്റെ നന്മ എന്തിന്റെ ഹൈ സീതി എന്തെന്ന് അറിയാതെ കണ്ട് പെരുമാള പറ്റുന്നുണ്ട് മുന്നോട്ടിൽ ഇപ്പൊരു ഹജ്ജ് ഹജ്ജ് ചെയ്യാൻ പോകുന്നു ഇത് എങ്ങനെയാ ചെയ്യേണ്ടത് ഏത് രീതിയിലാ ചെയ്യേണ്ടത് ഏതാ വാചു ഏതാ സ്വന്തത്തെന് അറിയാത്ത കാലത്തോളം മുന്നിട്ടാലാവില്ലല്ലോ ഇന്നത് മതി علم المرابي علامه المذا علم الاحوال والمقامات والمنازلات مخاضع النفوس ومقايضها وماجري مجرا ذلك النوع آمد اصوبن علم وانا علم الاحوال احوال المقامات والمنازلات اللهم انه इवी पौन्ने पोक्किल മലतिंगने ओरोड anggnal kandumuttum enna nalakka moharam madilaanu pariyu adarunnna tharam or sthesanam <SessIS> adil alpa samayam ora nikkum innulla nalakka angu ahwalu ennu pariyu അതി സ്ഥിരമായി നിൽക്കുമെന്നുള്ള നിലക്ക് മക്കാ മാത്രമെന്നും പറയും കൊറേ അധികം തമ്മിൽ നിൽക്കുമ്പോ മക്കാമായി ഒരറങ്കലും കേറലും മനസ്സിലപ്പോൾ മനസ്സിങ്ങനെ പോകുന്ന അവസരത്തിൽ നിന്നുണ്ടാകും തവക്കോലേരില്ലോരോ ശേഷം കണ്ടുമുട്ടാനുണ്ട് താല്പര്യം വരുന്നത് അത് ഞാനിപ്പോ എവിടെയാണ് ഉള്ളത് ഇത് അത് ശരിയാണോ തെറ്റാണോ അത് പൂർണ്ണ വായിച്ചുണ്ടോ അതിന് ലക്ഷണങ്ങളുണ്ടോ നല്ലങ്ങനെ പോവും ഞാനിപ്പോ തവപ്പിലാണോ ഉള്ളത് ആരിക്കറിയാം അറിയണം ഇതുകൊണ്ട് ഗർഭിന്ദ് ഇപ്പൊ ഞാൻ ഫർഫിലാവ ഉള്ളത് അല്ലെ ജമ്മിലാവുള്ളത് ജമ്മു ജമ്മിലാവുള്ളത് വേറെ ആശുപത്രി അറിയണല്ലോ അതോ നഷ്ടിന്റെ ചതികളെ പറ്റി അറിയണം മൊക്കായുധാദിന്റെ വഞ്ചനകൾ മൊമായും അജലാതാദിക്കുക അതേ സ്ഥാനം നടക്കുന്ന തമ്മിൽ ആദാവുകളും മൊഹാമലാസുകളും മുതലായ കാര്യങ്ങളെല്ലാം അതിരിക്കണം അതൊക്കെ റിഹൈ ഗോമന്തി ഓക്കുക അതുപോലത്തെ കിറ്റാബോധി അതേ നടക്കുള്ളൂ അപ്പം ഓടാൻ പാള്ളന്ന് പറഞ്ഞു അപ്പൊ പാർട്ടിയിൽ ആള് ചോദിച്ചു പറയുന്നു വഹാ ഈ നാലാമത് പറഞ്ഞ് ഇതാക്കുന്നു ഒന്നിച്ചാക്കിയത് ശരിക്കും പറഞ്ഞ ആതിഥാർഥനാക്കി നല്ലത് ഇതിലപ്പെട്ടല്ല മൊനൽസഹത്താഴ്ച മുത്തസിഫത്തിന്റെ സിഫാത്തിൽ കമാലാക്കി അപ്പം റാത്തു സിഫാത്ത് വേറെ വേറെയാക്കി റാത്തു സിഫാത്ത് മൊത്തത്തിൽ കൊണ്ടുപോക്കുക ഒരു ഭാത്തോട്ട് പോവാത്തോടിക്കാൻ വേണ്ടിച്ച് അങ്ങനെ അങ്ങനെ നല്ലത് എനിക്ക് തോന്നുന്നു ചെക്ക് ഹക്കാം ഓടിക്കാൻ ഹരീദ് എന്തിനെ ഓടിക്കുന്നു ചിലപ്പോ ഹക്കാമിൽ പറയാത്ത ഇത്തിപായണ്ടാവുമല്ലോ ചിലപ്പോഹാസി പറഞ്ഞോളന്നില്ല ഈ നാലാമത് പറഞ്ഞ ഇതാണ് ഹല്ലിൻ ഫൻ തസോഫിന്റെ പന്ന പ്രത്യേകമായി കടക്കേറിയ നാലാമത്തെ പന്നാണ് ചിറ്റാപ്പുറം അസീതാടന്ന് ഓടിക്കുക അതീ വെറുതീട്ട് ചോദിക്കോ നമ്മൾ ചിരി വിട്ടുകയുള്ളൂ എന്നാ പറയും അതിലോ വന്നാ സുഫീഹെ തരിയക്കാനെങ്ങനെയാ പറയാ വന്നാസു ജനങ്ങൾ ഈ വിഷയത്തിൽ തരിയെക്കാൻ രണ്ട് തിരിയക്ക എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞൊപ്പിക്കല ജനങ്ങളെ കൊണ്ട് ഈ വിഷയത്തിൽ രണ്ട് തിരികെ എന്ന് പറഞ്ഞ നേരത്തെ ശരിയാകുവായിരുന്നു وَنَذِيرُ رُؤْيَةِ الْحَقِّ مِنَ الْأَوَّلِ قَدَمٍ ها كذا آذن تن حقنا قدم من اول قدم تن اهل عملن ذا بيني هاشي إليه اللهوनेക്കുള്ള ஒற்றான இல்ல நான் ஆதுவன முதல்ல حقல ஒற்றே மாட்டனல எல்லதக்கு முன்னாடி தன்ன ുംങ്ങനെയാണ് അവരുടെ മാതൃക പിൻവലിച്ചവർക്കും അത് തന്നെയാണ് അപോലെ മറന്നു തന്നെ അള്ളാഹുവിനെ പറ്റി അങ്ങനെ പരിചയപ്പെടുത്തൽ ബാക്കി എല്ലാവരും വയ്യ അള്ളാഹ് തിരിയലിനല്ല അതെന്തന്നെ അന്നാലെ കണ്ട് കാണുക അള്ളാനെ കാണിച്ചു കൊടുക്കുന്ന രീതി തുടങ്ങുക തന്നെ അത് കഹലീതും സുഹൃത്ത് പണ്ടാക്കും സുഹൃദോ അന്നാനെ പറ്റി അതിന്റെ പരിചയപ്പെടുത്താൻ എന്നിട്ടോ ഇൻഹിയാസിനെ അണഞ്ഞുകൂടലി അപ്പൊ സന്തോഷം വന്നാൽ രണ്ടോ പന്താന്ന് ഊറ്റം കൊള്ളാൻ പാടില്ല ദുഃഖം വന്നു നല്ലോണം വെക്കുന്നാണ് പ്രതികരിക്കാനും പഠിക്കണം മറ്റേ ശുക്രോട് പ്രതികരിക്കാൻ പഠിക്കണം രണ്ടാമത്തെ അവസ്ഥകള ആദ്യം അറിയ എന്നിട്ടോ അന്നോ അന്ന് സ്വാഭാവികളൊക്കെ അറിയാതെ മറ്റൊരു തരീക്ക് അതിന്റെ എന്താക്കണം അമൽ ചെയ്യലീഫം പിൻവറ്റിയവർക്കും മിന്നു ആ രണ്ടു കൂട്ടർക്കും മുസ്തൻ അറവർക്കുള്ള തെളിവെന്താന്ന് മുനദിയ ആന കൊടുക്ക അവരുടെ ഇസ്തിന് അതിൽ ഹദീസി ഒരു ഹദീത് കൊള്ളന്ന് അർത്ഥം കൊടുക്ക മുസ്തനത് എന്ന് പറഞ്ഞാൽ ഈ ചാരണം കൊള്ളുന്ന സ്ഥാനം തന്നെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഈ ഹദീതി ലാമ്പ് വേണ്ടല്ലോ മുസ്തനദി നമുക്ക് എന്തർത്ഥം കൊടുക്കുന്നത് ഇസ്തിന് അത് അർത്ഥം കൊടുത്താൽ അവരുടെ ഇസ്തിന് ഒരു ഹദീസിലേക്കാണ് ഹദീസ് അൻ താബുഅള്ളണ്ടാക്കും തെളിവ് ഒരു കൂട്ടർ ഇവിടെ പിടിച്ചു മറ്റു കൂട്ടർ ഇവിടെയും പിടിച്ചു അൻതാവത് അഹ് കന്നക്കറാഹുണ്ടാക്കി ആദ്യത്തെ കൂട്ടർ തളക്കി പിടിച്ചു അള്ളഹനെ കാണുമ്പോൾ ആരാധിക്കുക അപ്പൊ ആരാധനയ്ക്കുമ്പോൾ കാണണോന്നല്ല ആരാധനകുമ്പാറ്റി നിങ്ങൾ മഹബൂതിൽ നിന്ന് കാണട്ടെ കാണാൻ ഇക്കണ്ടോണ്ട് കാണാനല്ല കണ്ട രീതിയിൽ അവനെ പറ്റി പരിചയപ്പെടുക ബോധ്യപ്പെടുക രണ്ടാമത്തെ ചിത്രം എന്താ ഓനെ കാണാൻ മാത്രം ഒന്നും ആയിട്ടില്ല എന്നാൽ ഓന്നിനെ കാണുന്നുണ്ട് നീ ചെയ്യുന്ന ലോൺ കാണുന്നുണ്ട് മനസ്സിലാക്കി ജയ്തോടെ കാണട്ടെ കാണാതിരിക്കട്ടെ നീന്തോ ഇവിടെ പിടിച്ചു ശാദരിയാക്കാതെ ഒന്നാമത് പറഞ്ഞത് ഈ സതിരി സതീസിന്റെ തുടക്കത്തിൽ പിടിച്ചു കാണാത്തു ആക്കല അവസാനത്തിൽ മനസ്സില وقوله مصنف ذلك ان هذه طريقه البرهان ان انتى اذ يعني ان هذه طريقه تسمى طريقه البرهان ان هذه لى انه طريقه الترقي يترتيب الطريقه تركز في استناده متصادق القياس يعني انها عبر عن عبر عن هذه تستدل بالاثري الا المؤثري അസർ മുഖേന അസ്ഥിരിന്റെ മേൽ നിലയിൽ പിടിക്കുക അസർ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കപ്പെട്ട സാധനത്തിനുള്ള അസർ എന്ന് പറയുന്നു ഒരു മേശ ഉണ്ട് മേശ എന്താണ് അസറ അപ്പൊ ഇതിൽ നിന്ന് ഇതുണ്ടാക്കിയ ആചാര്യയിലും ആശാദ കഴിവിലേക്ക് ഇതിൽ കൂടി അന്വേഷിച്ചു പോകുന്നു അതുപോലെ ലോകത്തിലുള്ള വിവിധങ്ങളായ സാധനങ്ങളിങ്ങനെ കണ്ടിട്ട് ഇതുണ്ടാക്കിയ റബ്ബിലേക്ക് ഇങ്ങനെ കരയുന്നു മത ബുറഹാൻ അവിടെ ഉണ്ടായിരുന്നു തെളിവ് കുറിച്ചു കയറില്ലേ തെളിവിന്റെ ثم ترتقي بن اور انگری کے راہ ونڈوں الى معرفۃ الایاں برهان انندگی ایاں لے گتی نیر અનુભوت بن تو لیبواندا ب صلاح طریقۃ الاولى ونما اول طریقۃ دا انما استقرت بتسویۃ الروح منبرن روحیہ تسویۃ آکلونڈ بولیکیٹ ٹٹینگ انہ کلیرا آکلونڈ شولائی فیدت تصفت فیدا تصفت അത് ശുദ്ധി അയിക്കഴിഞ്ഞാൽ അഞ്ചൽ നിജാബി നിജാ മാറിക്കഴിഞ്ഞു അന്ന് ഓർ പോയട്ടെ തരീക്കുത്തു യഥാർത്ഥത്തിലുള്ള ശാദിനെ മന്തഹ ജീ കി ഇപ്പൊ എന്താ പറഞ്ഞത് ഈ തരീക്കത്ത് രണ്ടാം തരീക്കിൽ പെട്ട ഒരു വിഭാഗം തന്നെ പറഞ്ഞാണ് അതല്ല ശരിക്കും ആലോചിച്ചാൽ രണ്ട് തെരേക്കനെ ഒഴിമിച്ചു കൂട്ടിയിട്ടുണ്ടെന്നല്ലാന്ന് എന്റെ സാധനത്തിലുണ്ട് ഏതാണ്ട് തെരക്ക് ഒന്ന് തെരേക്കുള്ളിൽ ഇഷറാക്കും മറ്റു തെരീക്കുൽ ഖുർഹാൻ മുമ്പ് കുമ്മല അവരുടെ നേതാക്കന്മാരായ ശേഷന്മാരും യദുല്ലൂന അവലൻ ആദ്യമായി അവർ അറിയിച്ചു കൊടുക്കുന്നു അല്ലായി ശരിയാ ശരിയെ തന്നെ മെച്ചത്തിലാക്കണം പോരാത്ത പൂർത്തിയാക്കണം أن العملات تشجع كون في كوندورنا نعظم ترسرقوك أبن الله هي طريقة المرهان أبو كده كتب والفناء في الأمل بها سريعة ونعمل سيئن بشيئة الفورناماء فناغ أيضا الله جعلنا الملكان الذين جهدون لنا هذا الفورناماء فناغي كل النهار ضروري مم. ثم إني دور ورنوركم على اعتقار علم الطريقة للحقيقة തെരീക്കത്തിന്റെ എൽമ യഥാർത്ഥത്തിന് രീതിക്കൊണ്ട് പഠിച്ചുകൊണ്ടെന്നു പറയുന്നുണ്ട് അപ്പൊ തരീക്കത്തിൽ ഇശത്തിന്റെ വകുപ്പുമായി എന്നിട്ട് പറയുന്നതാ കൊൽത്തു ഞാൻ പറയട്ടെ വാന അബ്ദുള്ള ഞാൻ അള്ളാൻറെ അബ്ദു അതാ മുസ് പറയുന്നത് കൊൽത്തു ഞാനും സാധനല്ലേ ഞാനായിരുന്നു ഇലാ ലട്ടൻ ആർക്കെങ്കിലും ചെല്ലിക്കൊടുത്താൽ ചെല്ലിക്കൊടുത്തിട്ടുണ്ട് അൽ വിറുദാ വിറുദിനെ ചൊല്ലിക്കൊടുത്താലേ എല്ലാം സുഹോമായ അൽ സമൂഹവും അവന്റെ നിർബന്ധമായതെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കരുണ്ട് ചെല്ലിക്കോ പോയിക്കോന്നല്ല മീൻ നിത്തുക്കോ ആ തെ സോറ വൽകുമറ അവ ചെറുതും വെറുതും ആ അശുദ്ധിയോട്ട് ശുദ്ധിയാക്കാൻ എന്തെല്ലാം എല്ലാം കൂടെ പഠിപ്പിക്കും അല്ലെങ്കിൽ ദേശം മാത്രമല്ലേ ചെറിയ അശുദ്ധി ശുദ്ധിയാക്കാൻ അറിയോ വലിയ അശുദ്ധി അറിയോ പാത്തി അറിയാ എല്ലാം ജനിപ്പിച്ചു നോക്കും വാലം തോത്തയമിക്കും വെള്ളം കണ്ടുക്കുമ്പോ വൈത്തുക്കാന സ്ഥലാത്തി നമസ്കാരം നല്ല കരട്ടിനെല്ലാം അതാപി ഒളിപ്പിച്ചിട്ട് അതാപ് ശരിയെ കൊടുക്കും വൈതാക്കാന ഉമ്മിയൻ അവന് തനിച്ച ഉമ്മിയാ വന്നു നോക്കാം എന്നാ എല്ലം തുഹും അക്കാദി തവഹിദ് അക്കായികൾ ഞാൻ നടക്കും ആവശ്യമുള്ള എല്ലാം പഠിപ്പിക്കും അല്ലെങ്കിൽ യജുമാരൻ വിശദീകരിച്ച് പഠിപ്പിച്ച എനിക്ക് നടക്കൂല യജുമാരായിട്ട് പഠിപ്പിക്കും അതുകൊണ്ട് ഫാസുബനാ നമ്മളായി കുൽ ഫാബിനുഹം അതുകൊണ്ട് നമ്മളെ അസഹാബിമാറും മുഴുവനും അല ബസീർ ഹിന്ദീനിൽ നല്ല അലക്കാഴ്ച ഉള്ളവരാണ് എവിടെയും മണ്ടമാറില്ല പഠിക്കാനുള്ള പോലെ അതിനെല്ലാവരും നിന്ന് കത്തിക്കൊണ്ടാകും വെറുതെ കൊടുത്തിട്ട് പോയിക്കൊന്നും പറയുന്നില്ലാ തൻവീരുമല്ലതു ഹൃദയം പ്രകാശിപ്പിക്കുന്നാലും ദോക്കുകളാലും അല്ലാതെ തല അവർക്ക് എത്തിക്കൊടുത്തിൽ നിന്ന് പുറമെ നല്ല വസീതത്തോടുകൂടിയാണ് വലിയ തരിയക്കത്തുൽഷാരാണ് തരിയത്തുള്ളിൽ സാധനം ും എല്ലാ സുഹാഭിമാരിൽപ്പെട്ട ഏറ്റവും ചെറിയൊരാള് പോലും നൈപുണ്യം നേടിയ വലിയ ആളുണ്ടാവു തഹസിലെല്ലാം വന്ന് വലിയ ഓരോട് തർക്കിക്കാറുണ്ട് തർക്കിച്ചിട്ടോ ഓരോ മസാഹി തോപ്പിച്ചോളിയു ഇവർ കുറച്ചേ പഠിപ്പിക്കുന്നുണ്ടു കുറച്ച് പഠിപ്പിക്കന്നെ മറ്റേ തന്മീരോണ്ടാക്കി ഞാൻ വർദ്ധിച്ചു വലിയ തഹസിലായിട്ട് വന്ന ആളോടും പോലും തർക്കിച്ചിട്ട് اذا حسب مصطرهنا من نحوالهم فحالنا ممكن بخصوصي ترن intraperagamuno وما اطلعنا عليهم من اسرارهم والحمد لله رب العالمين صحيح وقوله لي وحيا ليكن لي هاذين يقاب يعني ماشي بكاندا